ദേവഹൂതി തൻ്റെ പുത്രനായ കപില ഭഗവാന്റെ അടുത്ത് ഉപദേശം സ്വീകരിക്കാം ബോധം വരുത്തുവാനാണ് ആചാര്യം ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ വസ്തു എല്ലാവരുടെ ഉള്ളിലുമുണ്ട് അത് കാണണം ഈ സംസാരം എന്ന് പറയുന്നതിന് ഒരു വൃക്ഷമായിട്ട് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ട് തലകീഴായിട്ട് നിൽക്കുന്ന വൃക്ഷം ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യർണാനി യസ്തം വേദസ വേദവിത് ഊർധ്വമൂലം അതിൻ്റെ വേര് മേപ്പോട്ടും ശാഖകളും ഫലവുമൊക്കെ ചോട്ടലേക്കാണ് അതിൻ്റെ അങ്ങനെ ഒരു വൃക്ഷം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം തന്നെ വൃക്ഷം വൃക്ഷത്തിൻ്റെ മൂലം വേരാണ് അതുപോലെ അതിൻ്റെ ഫലങ്ങളൊക്കെ മുകളിൽ സാധാരണ എങ്ങനെയാണ് വേര് ചോട്ടലും ഫലങ്ങളൊക്കെ മോളണം ഈ ശരീരമാവുന്ന വൃക്ഷത്തിൽ അജ്ഞാനമാവുന്ന വേര് തലയിലും അനുഭവങ്ങളുടെ രൂപത്തിലുള്ള ഫലങ്ങളൊക്കെ ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ ചുവട്ടലുമാണ് ഈ അജ്ഞാനത്തിനെ അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ ഭഗവാൻ തന്നെ പറഞ്ഞു അസംഘമാവുന്ന ജ്ഞാനമാവുന്ന വൈരാഗ്യമാവുന്ന വാളുകൊണ്ട് വേരോട് വെട്ടണം എന്ന് പറഞ്ഞു അതിനിപ്പോ എവിടെ പോകും അങ്ങനെ ഒരു വൈരാഗ്യമാവുന്ന വാളില് അതിന് വെട്ടാനിപ്പോ നമ്മളെ കൊണ്ട് വയ്യെങ്കിലോ സ്വയം ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കണോ അല്ലെ ചില ആസ്പത്രിയിൽ പോയാൽ എഴുതി കൊടുക്കണം അല്ലെ ചില ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോ അതുപോലെ ഇവിടെ അൺകണ്ടീഷണൽ സറണ്ടർ തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷ നമി സധർമ്മവിദാം വരിഷ്ഠം ഈ പരമാത്മധർമ്മത്തിനെ അറിയുന്നവരിൽ വരിഷ്ഠനായ ഹേ കപില ഭഗവൻ ശരണം ശരണ്യം ഞാനിത് ശരണ്യനായ അങ്ങയ്ക്ക് ശരണാഗതി ചെയ്യുന്നു ഭഗവാനെ എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ കോടാലി എന്ന് വിളിക്കുകയാണ് സ്വഭൃത്യ സംസാര തരോഹ കുഠാരം ഈ സംസാരമാവുന്ന തരൂ വൃക്ഷത്തിനെ മുറിക്കുന്ന കോടാലി തരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ് പ്രകൃതി പുരുഷ ഭേദരൂപത്തിലുള്ള തത്വം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ ശരണാഗതി ചെയ്യുന്നു എനിക്ക് മാർഗം കാണിച്ചു തരിക എനിക്ക് ശാന്തി എങ്ങനെ വരും എനിക്ക് മുക്തിക്ക് തക്ക ഒരു മാർഗം ഉപദേശിച്ചു തരാം വാർദ്ധക്യമായിരിക്കുന്നു भर्तवो पाचकन या यात्री कल कुबू अनेकुटर पुत्रन इत्र कर्भिन्नातरा भूम असद्रियतर्शणा संभाव्यने प्रपन्ना अंध्रभो കൂരിരുട്ടിലേക്ക് ഞാൻ വീണിരിക്കണം ഈ കൂലിരുട്ടെന്നപ്പോൾ ആര് രക്ഷിക്കും ഈ ഇരുട്ടിലിരിക്കുമ്പോൾ സൂര്യനെ പോലെ അവിടുന്ന് ഇതാ പ്രകാശിക്കുന്നു തത്വമാർഗാഗ്രദർശനം തം ആസീനം അകർമാണം തത്വമാർഗാഗ്രദർശനം ഭർത്താവ് ഉള്ളപ്പോ കർദ്ദമപ്രജാപതി അദ്ദേഹം സന്ധ്യാബന്ധനം ഔപാസനം അനുഷ്ഠാനം ഒക്കെ ആത്മനി അഗ്നീൻ സമാരോപ്യ എന്ന് പറയുന്നുണ്ട് അപ്പൊ അഗ്നി കാര്യങ്ങളൊക്കെ നിർത്തി എന്ന് പറയുമ്പോ ഇപ്പൊ അഗ്നികാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പുത്രൻ കപിലൻ യാതൊരു കർമാനുഷ്ഠാനവും ഇല്ല യാതൊന്നുമില്ല ആ അകർമാണം എന്താ അപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ തത്വമാർഗ അഗ്രദർശനം തത്വജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ് തത്വമാർഗ്രദർശനം സ്വസുതം ദേവഭൂതി ആഹാതു സംസ്മരതീവ സാക്ഷാത് ഭഗവാനാണ് ഗുരുവാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ശരണാഗതി ചെയ്തു കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു മാർഗം പറഞ്ഞു കൊടുത്തു ഇതാണ് സമ്പ്രദായം ഗീതയിൽ ഭഗവാൻ പറഞ്ഞു പരിപ്രശ്നേന സേവയ ചെന്ന് വിനയത്തോടുകൂടെ നമസ്കരിച്ച് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് എവിടെ ഉണ്ടെങ്കിലും ചെന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളാം ഈ സത്യം അറിയാൻ വേണ്ടി ഒരുപക്ഷെ ചണ്ടാളത്തെരുവിൽ പോവേണ്ടി വന്നാൽ പോലും പോകണമെന്നാണ് മനുതനെ പറയണത് അന്ത്യജനാദപി അന്ത്യജനാണെങ്കിൽ പോലും അധമ ജന്മത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും ഈ സത്യം അറിഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളാം ഇവിടെ ദേവഭൂതിക്ക് അത്രയൊന്നും മെനക്കിടേണ്ടി വന്നില്ല വിഷമം ഉണ്ടായില്ല പക്ഷെ മെനക്കെട്ട് കിട്ടിയാലും മെനക്കെടാതെ കിട്ടിയാലും നമുക്ക് പക്വുമായാലേ കിട്ടുകയുള്ളൂ നമ്മളുടെ വീട്ടിലേ ഉണ്ടെങ്കിൽ പോലും കിട്ടില്ല അടുത്തുതന്നെ ഉണ്ടെങ്കിൽ പോലും കിട്ടില്ല നമ്മളുടെ നാട്ടിലേ ഉണ്ടെങ്കിൽ പോലും കിട്ടില്ല കൃഷ്ണനോട് എത്ര പരിചയപ്പെട്ടു ആർക്ക് ഭഗവത്ഗീത ഒരേ ഗീത കൊടുത്തുള്ളൂ അർജുനൻ എത്ര ആളുകൾ കൃഷ്ണനെ കൊണ്ട് പരിചയമുണ്ടായിരുന്നു എല്ലാവർക്കും ഒന്നും ഭഗവത്ഗീത കിട്ടിയില്ലല്ലോ അർജുനനും സമയമായപ്പോഴേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ബന്ധുക്കളാണെന്നോ സുഹൃത്തുക്കളാണെന്നോ അടുത്തുതന്നെ ഉണ്ടെന്നോ വിചാരിച്ചവരും ചിലപ്പോ കിട്ടില്ല അതിനുള്ള പക്വത ഉണ്ടാവണം അറിയണം സ്വസുതം ദേവഭൂതി ആഹാ ധാതു വചഹ എനിക്ക് ഉപദേശിക്കൂ എന്ന് പ്രാർത്ഥിച്ചു अपो अो कपिल अम्मे उपदेश मतिहगुणसक्ताबंधक असक्ता अमृतकुपरधे भक्तिगस्ति महदनुगमलभ्या भक्तिरेवा साध्या कपिल तुति देवूत नगा നമുക്ക് ആകപ്പാട് ഉള്ള ഉപകരണം എന്താ മനസ്സ് മനസ്സ് വെച്ചിട്ട് തന്നെ എല്ലാം മണ്ണിരിക്കും ലൗകിക വിവഹാരവും മനസ്സിനാലും പടു ഭക്തിയും മനസ്സിനാലും പടു അത് മനസ്സ് എതിൽ ഉപയോഗപ്പെടുത്തോമോ അതില പോയി ഒട്ടിക്കും മനസ്സ് ഭഗവത് മാര്ഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നോമോ പോയി ഒട്ടിപ്പം വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്തണമോ അതില പോയി ഒട്ടിപ്പം മനസ്സും ഒരു ജട വസ്തുത അത പഴക്കി വെച്ചിരിക്കും അത് വെളി വിഷയങ്ങളാക്കി പണിനാ വെളി വിഷയങ്ങളൊട്ടിക്ക് മതിരീ ഗുണസക്ത ബന്ധകൃത് വെളി വിഷയങ്ങളില ഒട്ടിക്ക വെച്ചോനക്ക നമുക്ക് ബന്ധം വന്നിട അതില പോയി മാറ്റിക്കും ടേശു അസക്ത പുറം വിഷയങ്ങളൊന്നും മനസ്സ് വിട്ടാലോ അമൃതകൃത് പതുക്കെ പതുക്കെ പതുക്കെ അത് മരണമില്ലാത്ത വസ്തുവിനെ അനുഭവിക്കും ഭഗവാനെ അനുഭവിക്കും ഭഗവത് സ്വരൂപത്തിനെ അനുഭവിക്കും ഭക്തിയോഗസ്തു ശക്തി പക്ഷെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ രോഗവിഷയങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം വിടണം മനസ്സിനെതി പുറകേക്ക് വലിക്കണം എന്നൊക്കെ വെച്ചാൽ വളരെ വിഷമം അത് സഹജമായിട്ട് നമ്മൾ പറഞ്ഞയച്ചിട്ടാണോ പോണത് അത് നമ്മളോട് ചോദിക്കാതെ തന്നെ പോയിക്കൊണ്ടിരിക്കണം ആരും മനസ്സിനോട് ഇഷ്ടപ്പെട്ട വസ്തുവിനെ ധ്യാനിക്കാൻ മനസ്സിന് പറഞ്ഞു കൊടുക്കേ വേണ്ട അല്ലെ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ പറഞ്ഞാൽ പറ്റണില്ല എന്ന് പറയണം അതേ ആൾക്ക് ഭാര്യയെ ധ്യാനിക്കാനോ ഭർത്താവിനെ ധ്യാനിക്കാനോ കുട്ടിയെ ധ്യാനിക്കാനോ അതിനൊന്നും വിഷമല്ല എളുപ്പത്തിൽ പോകും എന്തുകൊണ്ട് അവിടെ ഇഷ്ടമുണ്ട് ചില കാര്യങ്ങളിനൊക്കെ മനസ്സ് വഴങ്ങും നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തിന് ശ്രദ്ധിച്ചാൽ കാണാം ചില കാര്യങ്ങൾ മനസ്സ് വഴങ്ങും ഒന്ന് സൗന്ദര്യം എവിടെയെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട അവിടെ പോയി നിൽക്കൂ എന്ന് പറയേണ്ട മനസ്സ് തനിയെ പോയി നിൽക്കും എന്തിലെങ്കിലും സുഖമുണ്ടെങ്കിലും മനസ്സിന് പറഞ്ഞു കൊടുക്കേണ്ട അതിൽ പോയി നിൽക്കും അതേപോലെ നമുക്ക് എന്തെങ്കിലും നടക്കാം കാര്യം സാധിക്കാനുണ്ടെങ്കിലും മനസ്സ് അതിൽ പോയി നിൽക്കും അപ്പോ ഇതേ മനസ്സ് ഭഗവാനിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം ഭഗവാനിൽ സൗന്ദര്യം കാണണം ഭഗവാനിൽ സുഖം കാണണം ഭഗവാനെ കൊണ്ട് വേണം സകല കാര്യവും നടക്കാൻ എന്നുള്ള ഉണ്ടാവണം ഈ മൂന്ന് വസ്തുസ്ഥിതി ഉണ്ടായാൽ അല്ലാതെ പിടിച്ചു നിർത്തിയാൽ അത് ഓടിപ്പോകും നമ്മൾ എത്രയും മെനക്കെട്ട് ഒരു രൂപത്തിനെയൊക്കെ കൊടുത്ത് പ്രാണായാമൊക്കെ ചെയ്ത് മുമ്പിൽ വെച്ച് കണ്ണടച്ച് കപിലൻ തന്നെ പറയുണ്ട് കാല് മുതൽ തലവേറെ നോക്കുക തല മുതൽ കാല് വേറെ നോക്കുക ധ്യാനിക്കാനൊക്കെ പിടിച്ചു നിർത്തിയാലും വേറെ എന്തിനെങ്കിലുമൊക്കെ കണ്ടാൽ അങ്ങോട്ട് ഓടിപ്പോവും അതിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ ഓടിപ്പോവും ആസക്തി ഉണ്ടെങ്കിൽ ഓടിപ്പോകും ഈ മൂന്ന് കാര്യം ദൃഢമാവണം ഒന്ന് സൗന്ദര്യം രണ്ട് സുഖം ഒന്ന് കാര്യം നടക്കൽ സകല ആശ്രയവും നമുക്ക് സകല കാര്യങ്ങളും നടക്കാൻ ഒരു സോഴ്സേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആദ്യം അറിയണം ഗജേന്ദ്രനെ പോലെ അറിയണം ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ സൗന്ദര്യം കണ്ട് മയങ്ങണം ആശ്രയിക്കാൻ ഭഗവാനെ ഉള്ളൂ എന്ന് ഗജേന്ദ്രനെ പോലെയോ ദ്രൗപതിയെ പോലെയോ അറിയണം ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ സൗന്ദര്യം കണ്ട് രമിക്കണം അതേപോലെ സുഖവും ഭഗവാനിലെ ഉള്ളൂ എന്ന് അറിയണം ഈ മൂന്നും ഉണ്ടെങ്കിൽ മനസ്സ് ഭഗവാനിൽ നിൽക്കും ഈ മൂന്നും തരുന്നതാണ് ഭക്തി അപ്പൊ ഭക്തി ആസക്തിയുടെ മാർഗമാണ് അനാസക്തിയുടെ മാർഗമാണ് ജ്ഞാനം ആസക്തിയുടെ മാർഗമാണ് ഭക്തി ഈതയിൽ ഭഗവാൻ മൈ ആസക്തമനാഹാപാർത്ഥ എന്ന് പറഞ്ഞു എന്നിയിൽ ആസക്തി വയ്ക്കൂ എന്ന് ഭക്തി വയ്ക്കുമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഭക്തി എന്ന് പറയാന്നല്ല ഭക്തി എന്ന് വെച്ചാ നമ്മൾ എന്താ ധരിച്ചിരിക്കണത് അവിടെ പോയി ക്യൂവിൽ നിൽക്കും നമ്മള് കൊറേ ചീർത്ത് പറയും ഉള്ളവരൊക്കെ തിരക്ക് കൂട്ടുണ്ടാന്ന് പറയും ഇടിക്കും അവിടെ പോയി എന്തോ ഒരു തൊഴിലിട്ട് വന്നു ഭക്തന്മാരുടെ തിരക്ക് എന്നൊക്കെ ഭക്തജനങ്ങളിൽ നിന്ന് അനൗൺസ്മെന്റും ഒക്കെ നടത്തും ഭക്തി ആർക്കും ഉണ്ടെന്ന് ആർക്കറിയാം ഭഗവാൻ അറിയാം നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഭക്തന്മാരാണെന്നൊക്കെ നടിക്കുക രുദ്രാക്ഷമാലയൊക്കെ ഇടാം അതൊക്കെ നമുക്ക് എളുപ്പം ഭക്തി ഉണ്ടോ എന്ന് ഭഗവാനെ അറിയുള്ളൂ ഭാവഗ്രാഹി ജനാർദ്ദന ഭഗവാനെ അറിയുള്ളൂ ഭക്തി എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ആ ഭക്തി ഭഗവാനോട് ആസക്തിയായിട്ട് പരിണമിക്കണം ആസക്തി ഉണ്ടെങ്കിലോ ഭഗവാനെ ധ്യാനിക്കൂ എന്ന് ആരെങ്കിലും ഗോപസ്ത്രീകൾക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടാക്കി എടുത്തു കൊടുത്തുവോ ഗോപസ്ത്രീകൾ പറയണം അവനെയൊന്നും മറന്നു കിട്ടിയാ വേണ്ടില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യവും നടക്കണില്ല എന്നാ ലോകത്തിലൊരു കാര്യവും നടക്കണില്ല വിസ്മർത്തും നൈവശക്രുമാ ഒന്നും മറന്നാൻ വേണ്ടില്ല മറക്കാൻ വയ്യല്ലോ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം ഓർമ്മ വന്നുകൊണ്ടേയിരിക്കണം അപ്പൊ അത്തരത്തിലൊരു പ്രിയത്തിനെ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യം കാണുമ്പോൾ സൗന്ദര്യോത്തരത്തോപ്പി സുന്ദരതരം ത്ദ്വപ്പു ഭഗവാ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യം അക്ഷരമണമാലയിലെ ഒരു പാട്ട് ഊർചുറ്റം വിടാതെ ഉണക്കണ്ട് അടങ്ങി ഉൻ അഴകൈ കാട്ട് എന്ന അരുണാസലർ ഭഗവാന് ഇന്നുള്ളം വന്ന് ഉലകം പൂരാത് എങ്കും അടങ്കടമാണ് അത് അഴക പാത്താ എങ്കോ പോയി നിക്കരുത് എങ്കോ അഴകാ ഒരു വസ്തു പാത്ത അഴകാ ഒരു രൂപത്തെ പാത്താ അഴകാ ഏതോ ഒരു പദാർത്ഥത്തെ പാത അങ്ങനെ അത് അഴകാൻ പദാർത്ഥത്തെ അത് മനം വിടണമാണ് നേച്ചുരലാ ഒരു വഴിതാ ഉള്ളത് അണ്ണാച്ചുറൽ വഴി എന്നാൽ പാകപ്പെടാതെ അങ്ങ് പോകാതെ അതെല്ലാം അണ്ണാച്ചുറൽ നാച്ചുറല ഒരു വഴി അതവിടെ അഴകാൻ ഒരു പദാർത്ഥത്തെ അഴകാൻ ഒരു പദാർത്ഥത്തെ പാത്രം വീതിയെല്ലാം സൗന്ദര്യോത്തരത്തോപ്പി സുന്ദരതരം എല്ലാത്തിനേക്കാളും സുന്ദരമായ ഒരു വസ്തു കണ്ടാലോ മനസ്സ് അതിനെ വിട്ട് ചലിക്കില്ല സകല സൗന്ദര്യത്തിന്റെയും ധാമം ഭഗവാനാണെന്ന് അറിയുമ്പോ സൗന്ദര്യം എവിടെ നിന്ന് വരുന്നു ഭഗവാനെന്ന് വരുന്നു ഭഗവത് അംശമാണ് അവിടെ സൗന്ദര്യം എന്ന് അറിയുമ്പോ ആ സൗന്ദര്യത്തിൽ രമിക്കും അപ്പോ ആസക്തി അവിടെ ഉണ്ടാവും അത് കണ്ടുകഴിഞ്ഞാലോ പിന്നെ ചലിക്കില്ലാ മനസ്സ് ഉൻ അഴകൈ കാട്ട് എന്ന് അരുണാചല ഉനോട് അഴകെ എനക്ക് കാട്ടിനേനാ ലോകത്തിലെ ഇരിക്കുന്ന അഴകെ പാക്കമാട്ടേ അലൗകികമായ സൗന്ദര്യം കണ്ടാൽ ലൗകിക സൗന്ദര്യം പോയിപ്പോകും അതിനോടുള്ള ആസക്തി പോയിപ്പോകും അതേപോലെ അലൗകികമായ ചില ഗുണങ്ങളുണ്ട് അലങ്കാരശാസ്ത്രത്തിലുള്ള രസങ്ങളെയൊക്കെക്കാളും പ്രബലമായ രസങ്ങൾ ആത്മാവിലുണ്ട് മനസ്സിലുള്ള രസങ്ങളെയാണ് ഈ അലങ്കാരശാസ്ത്രത്തിൽ ശൃംഗാരം ബീഭത്സം ഹാസ്യം എന്തൊക്കെയാ ഉള്ളത് രൗദ്രം എന്നൊക്കെ പല ഭയാനകം പലവിധ രസങ്ങളും ഉണ്ടല്ലോ ഈ രസങ്ങൾ ഭാവങ്ങളൊക്കെ മുമ്പിൽ മുഖത്ത് മുഖത്ത് കാണിക്കുമല്ലോ ഇതിൽ രസം രസം എന്ന് നമ്മൾ പറയുന്ന ചില ഭാവങ്ങളൊക്കെ ഉണ്ട് ആ അലങ്കാരികന്മാർ ഉപയോഗിക്കുന്ന ചില രസങ്ങളൊക്കെ ഉണ്ട് അലങ്കാരശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന രസങ്ങളുണ്ട് അതിൽ മുഖ്യമായി ചില രസങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും അലൗകികമായ ഭഗവാനോടുള്ള ചില രസങ്ങളുണ്ട് ശാന്തി എല്ലാറ്റിനേക്കാളും വലിയ രസം ശാന്തി ആനന്ദം കരുണ സത്ത് ചിത്ത് ആനന്ദം ചിത്ത് ഒരു രസമാണ് ഈ അലൗകിക രസങ്ങളുടെ ടേസ്റ്റ് മനസ്സിന് കിട്ടിയാൽ അഥവാ നമുക്ക് ഉണ്ടായാൽ പിന്നെ മറ്റേതിൽ ആസക്തി തനിയെ വിട്ടുപോകും ഇതാണ് നാച്ചുറൽ സൂ വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ട് പോവും ഇരുട്ടിനെ ഓടിക്കാൻ പറ്റുമോ ഒരു മുറിയിൽ ഇരുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിലാക്കി ഇരുട്ടിനെ പുറത്തു കൊണ്ടുപോയി ഒഴിക്കാൻ പറ്റുമോ വെളിച്ചം കൊണ്ടുവന്നാൽ എത്ര ആയിരം വർഷമായി കെട്ടിക്കിടക്കുന്ന ഇരുട്ടാണെങ്കിൽ ഒരു ക്ഷണത്തിൽ പോകും അതേപോലെ ഭഗവാനോട് ആസക്തി വരുമ്പോൾ ഇത് വിട്ടുപോകും അല്ലാതെ വേറെ വഴിയില്ല ഭക്തിയോഗസ്തു ശക്തി ഭക്തിയോഗം ശക്തിയാണ് ആസക്തിയാണ് ഭക്തി ഭഗവാനോട് ആസക്തിയാണ് നമ്മളൊന്നും ഉപേക്ഷിക്കാൻ ഭക്തന്മാര് പറയണില്ല എല്ലാത്തിന്റെ നടുവിൽ ഇരുന്നുകൊണ്ട് ഭഗവാനോട് പതുക്കെ പതുക്കെ ആകർഷണം വളർത്തിക്കൊള്ളാം ഭക്തി വെച്ചുകൊള്ളാം ആ ഭക്തി പെരുക്കെ പതുക്കെ പതുക്കെ ബാക്കിയുള്ളതെന്ന് മനസ്സ് ഇതിലേക്ക് വരും ആ ഭക്തി എങ്ങനെ വരും മഹദനുകമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാം സത്സംഗത്തുനിന്ന് ഭക്തി വരണം എന്നാണ് അല്ലാതെ നീ ആയിട്ട് ഏതെങ്കിലും ഒന്ന് കൽപ്പിച്ചിട്ട് ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അത്ര കവലൻ പറയണത് ജ്ഞാനികൾക്ക് സമ്മതമായിട്ടുള്ള ഭക്തിയായിരിക്കണം ഭക്തിക്ക് എന്താ ലക്ഷണം ഭഗവത്ഗീതയാണ് നല്ല പ്രമാണം ഭക്തിയോഗത്തിന് പന്ത്രണ്ടാമത്തെ അധ്യായം എന്താന്ന് വെച്ചാൽ ബാക്കി ലക്ഷണങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിൽ കാണിക്കാം ബാഹ്യ ലക്ഷണങ്ങൾ ആർക്കാ പറ്റാത്ത എല്ലാവർക്കും പറ്റും ബാഹ്യ ശാരീരികമായ രസങ്ങള് ചിലർക്ക് ഭാവാവേശം ഉണ്ടാവുക കണ്ണില് കണ്ണീര് വരിക ഇതൊക്കെ നമ്മൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണെങ്കിൽ പോലും ചിലർ ഭംഗിയായിട്ട് നാടകത്തിലെന്ന പോലെ നടിച്ചു കളയും അങ്ങനത്തെ ആളുകളുണ്ട് അവർക്ക് വിചാരിച്ചാൽ കണ്ണീര് വരും എന്നുവെച്ചാൽ അതുപോലും ഇമിറ്റേഷൻ സാധ്യമാണെന്ന് അർത്ഥം പിന്നെ ഭസ്മ വിടുക ഊർജ്വപുണ്ട്രം ധരിക്കുക തുളസിമാല ധരിക്കുക രുദ്രാക്ഷമാല ധരിക്കുക ഒരു വിഷമമില്ലേ അപ്പൊ ഇറങ്ങിയ കിട്ടും എന്തും കിട്ടും ആർക്കാ സാധിക്കാത്ത ഇതൊന്നും ഭക്തിയുടെ ലക്ഷണം അല്ല എന്ന് പറഞ്ഞില്ല പക്ഷെ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും അനുകരിക്കാം ഭക്തന്മാരും ഇത് ചെയ്യും പക്ഷെ ഭക്തന്മാരെ കണ്ട് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അനുകരിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത് വെച്ചുകൊണ്ട് അളക്കാൻ പറ്റില്ല എന്നാണ് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തും ഭക്തി ഉണ്ടാവാം അപ്പൊ ഭക്തിക്ക് ഭഗവാൻ ഒരു ലക്ഷണം പറഞ്ഞു അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര നിർമ്മമോ നിരഹങ്കാര സമതുക്ക സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിഹി യോമദ്ഭക്ത സമയപ്രിയ ഈ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കപിലനും പറയേണ്ട ഒരാളോടും വെറുപ്പില്ല അദ്വേഷ്ട സർവഭൂതാനാം ആരോടും വെറുപ്പില്ല മൈത്രിഭാവം എല്ലാവരോടും മൈത്രിഭാവമുണ്ട് ആരും അന്യനാണെന്നുള്ള ഭാവമല്ല കരുണയെ വെച്ച കഷ്ടപ്പെടുന്നവരോട് കാരുണ്യമുണ്ട് അജ്ഞാനികളോട് കാരുണ്യമുണ്ട് നിർമ്മമോ ഒന്നും എന്റെ എന്നുള്ള ഭാവമില്ല നിരഹങ്കാര ഞാനാണോ എന്നുള്ള ഭാവമില്ല സുഖ ദുഃഖ സമഭാവം സുഖമായാലും ദുഃഖമായാലും ക്ഷമി രണ്ടിലും സഹിച്ചുള്ള സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരേപോലെ എടുക്കുന്നു സമദുഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി ഇത് മുഖ്യമായ ഒരു ലക്ഷണമാണെന്നാണ് ഭക്തന് ഹൃദയത്തിൽ എപ്പോഴും ആനന്ദമുണ്ട് നിജലാപതൃഷ്ട അപ്പോ ഇതൊക്കെ കണ്ടേജിയസ് ആണ് ഈ ആന്തരിക ഭാവങ്ങളും പടർന്നു പടർന്നു പിടിക്കും അതുകൊണ്ടാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹം ഒരു ആനന്ദം എന്താണെന്ന് വെച്ചാൽ ആനന്ദമായിട്ടുള്ള കുറെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ ആനന്ദം ദുഃഖിക്കുന്ന കുറേ ആളുകൾ കൂടിയിരുന്ന ദുഃഖം അവരറിയാതെ നമ്മളുടെ ഉള്ളിൽ വരും നമ്മളൊക്കെ ബാക്കിയുള്ളവരാൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നവരാണ് ഒരാൾ കോട്ടുവായിട്ടാ അടുത്തിരിക്കുന്ന ആളും കോട്ടുവായിടും അടുത്തിരിക്കുന്ന ആളും കോട്ടുവായിടും നമുക്ക് വേണമെങ്കിൽ കാണാം എത്രയോ ചിത്തവൃത്തികൾ ഒരാൾ ചിന്തിക്കും വേറെ ഒരാൾ പറയും ഒക്കെ കണക്റ്റഡാണ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എല്ലാവരും അതേപോലെ സന്തോഷമായിട്ട് ഒരാളിരുന്ന് അടുത്തു പോയാൽ തന്നെ നമുക്ക് സന്തോഷം ദുഃഖമായിട്ടോ ടെൻഷനായിട്ടോ ഡിപ്രഷനായിട്ടോ ഇരുന്നാൽ എവിടെയെങ്കിലും വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും പോയി കുറച്ചു നേരം അടച്ചിരിക്കണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് വരുന്നവർക്കൊക്കെ അത് പകർന്ന് കിട്ടും നമ്മൾ അറിയാതെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതൊന്നേ ഉള്ളൂ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഭക്തന്റെ ലക്ഷണം എന്താ സന്തുഷ്ടശതം എപ്പോഴും സന്തോഷമാണെന്നാണ് ഒരു കഥ ചൈതന്യ മഹാപ്രഭുവും ഒരിക്കൽ നാമസങ്കീർത്തനം ചെയ്ത് ലഹരി പിടിച്ച് ആനന്ദത്തിൽ സമുദ്രക്കരയിലൂടെ നടക്കുമ്പോൾ സമുദ്രത്തിൽ വീണു ഒരു മുക്കുവൻ സ്വാമി വീണിരിക്കണു സമുദ്രത്തിൽ കയറി സമുദ്രത്തിൽ ഇറങ്ങി ചൈതന്യ മഹാപ്രഭുവിനെ പിടിച്ച് കെട്ടി വലിച്ചുകൊണ്ടുവന്നു കരക്കിക്കൊണ്ടുവന്നു സ്പർശിച്ചതോടെ ഈ മുക്കുവന് ഒരു ആനന്ദം സന്തോഷം ഓരോ രോമകൂപത്തിലും ആനന്ദം ഉള്ളിലത്തരത്തിലൊരു ആനന്ദം ഇയാൾക്ക് മീൻ പിടിക്കാൻ പോവാൻ ഉത്സാഹമില്ല പണിയെടുക്കണില്ല വീട്ടിൽ ആനന്ദമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ സന്തോഷമായിട്ട് ആ മുഖോ സ്ത്രീകൾക്കൊക്കെ പേടിയായി ദേഹത്തിനിപ്പോ എന്താ എന്താന്ന് വെച്ചാൽ സാധാരണ ആനന്ദമായിരിക്കുക എന്നുള്ളത് സമൂഹത്തിലെ പതിവില്ലല്ലോ എന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കി ഇങ്ങനെ ചിരിക്കുവെന്തോ കുഴപ്പമുണ്ട് എന്നാണ് എന്തിനാ ചിരിക്കണേ എന്തിനാ സന്തോഷമായിട്ടിരിക്കണേ ഒരാൾ സന്തോഷമായിട്ടിരുന്ന ആളുകൾ ചോദിക്ക അവന് എന്തു പറ്റിയിരുന്നല്ലേ നിങ്ങള് റോട്ടിൽ ഇറങ്ങിയിട്ട് നാളെ കരഞ്ഞുകൊണ്ടേ പോവുക ഒരാളും ചോദിക്കില്ല അല്ലെങ്കിൽ അവർ വിചാരിച്ചോളും എന്തോ പറയാൻ പാടില്ലാത്ത പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങൾ ചിരിച്ചു കൊണ്ടുപോകൂ അങ്ങോട്ടിങ്ങോക്കും എന്തോ കുഴപ്പമില്ല ഇന്നലെ ആ സപ്താഹത്തിന് പോയി ഇരിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു അപ്പൊ എന്തോ കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല ഈ മുഖുവൻ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ഇരിക്കണു അപ്പൊ അവരുടെ മുഖുവ സ്ത്രീകളൊക്കെ പോയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞു ദേഹമാണ് ദേഹത്തിനെ സ്പർശിച്ചത് മുതലാണ് സ്വാമി ഇവന് ഒരു രക്ഷയില്ല ആനന്ദ് ഇവനെപ്പോൾ നോക്കിയാലും കണ്ണുടച്ചിങ്ങനെ ഇരിക്കുന്നു പണിയെടുക്കാൻ പോണില്ലാന്ന് പറഞ്ഞു അപ്പൊ മഹാപ്രഭു മരുന്ന് വിധിച്ചത് എന്താ അറിയോ അതങ്ങനെ പച്ചയ്ക്ക് പറയാൻ പാടില്ല ലൗകികമായ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് വൈദിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിൽ പോയിട്ട് ഒരുപിടി അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് പാചകം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഈ ഭാവേശം ഭക്തിയൊക്കെ പോയിക്കോളുന്നതാണ് സത്സംഗത്തിനും അത്ര ബലമുണ്ട് ദുസ്സംഗത്തിനും അത്ര ബലമുണ്ട് സത്സംഗത്തിനും അത്ര ബലമുണ്ട് ഭക്തന്മാരുടെ സമ്പർക്കത്തിൽ നമ്മളെ അറിയാതെ ആനന്ദത്തിലിരിക്കും നമ്മളെ അറിയാത്ത സന്തോഷത്തിലിരിക്കും അപ്പൊ സംഗസ്തേഷുവതേ പ്രാധ്യഹ സംഘദോഷഹരാഹിത്തെ കപില ഭഗവാൻ പറഞ്ഞു അമ്മേ അതുകൊണ്ട് ഭഗവാനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഭഗവാനെ എനിക്ക് സത്സംഗം തരൂ എന്ന് ചോദിക്കാം എനിക്ക് സത്സംഗം തരൂ എന്ന് ചോദിക്കാം സത്സംഗത്തിൽ എന്താ ഗുണം എപ്പോഴും സന്തുഷ്ട സതതം എപ്പോഴും സന്തോഷമായിരിക്കും സാധുക്കളുടെ അടുത്തെന്ന് അതാണ് നമുക്ക് കിട്ടുന്ന ഒരേ ധനം മതാശ്രയാ കഥാമൃഷ്ടാഹ എപ്പോഴും ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അവർ അവിടെ ചെന്ന് വേറെ എന്ത് കിട്ടും അതേ കിട്ടും മതാശ്രയാ കഥാമൃഷ്ടാഹ ശൃവന്തി കഥയന്തി ചെയ്യും അങ്ങനെ സത്സംഗത്തിലിരിക്കെ ഭക്തിരസം ഹൃദയത്തിൽ ഉണ്ടാവും ഭക്തിയിൽ ആദ്യ ഒരു പ്രയത്നം പ്രവേശം ഉണ്ടാവുന്നത് സത്സംഗത്തിലൂടെയാണ് സത്സംഗ സത്സംഗമുഖേന ഭഗവത് രസം നമ്മൾ അത് അനുഭവിക്കും കുറച്ചു കുറച്ചായിട്ട് അപ്പൊ എന്താ ബാക്കിയുള്ളത് പതുക്കെ വിട്ടുപോയിക്കോളും കപിലൻ മുഖ്യമായി ആദ്യമായി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മാർഗമാണ് സത്സംഗം ചിത്തത്തിനെ നിയന്ത്രണം ചെയ്യാനുള്ള എളുപ്പ വഴി വെച്ചാൽ നമ്മളായിട്ട് ഏകാന്തത്തിലിരുന്ന് ജപം ധ്യാനം യോഗം എന്ന് തുടങ്ങിയാൽ നമ്മൾ അഹന്ത അതിന്റെ കൂടെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ജപിക്കുന്നു ഞാൻ ധ്യാനിക്കണമെന്നൊക്കെ തോന്നും അടുക്കളയിൽ ഒരു ഗ്ലാസ് ചോട്ടൽ വീണാൽ മതി പോയി ബഹളം കൂട്ടും ഞാൻ ധ്യാനിക്കുമ്പോ നീ എങ്ങനെ ഗ്ലാസ് ചോട്ടലിടും ദേഷ്യം വരും പക്ഷെ സത്സംഗത്തിൽ ഞാനെന്നുള്ളതേ ഇല്ല കേ പറയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചിലപ്പോ വന്നു പോവാം പക്ഷെ കേൾക്കുന്നവർക്ക് നമുക്ക് കേൾക്കാം സന്തോഷമായിട്ട് കേൾക്കാം രസിച്ച് കേൾക്കാം അല്ലേ കേട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നണമെന്ന് പറയും ചിലർ എന്താ ഒരു പണിയും ഇല്ലല്ലോ കേട്ടാൽ മതിയല്ലോ എവിടെങ്കിലും എടുത്ത തൂണി ചാരി ഇരിക്കാം ഇതാണ് ചാരുശീലൻ എന്ന് പറയണത് ചാരി ഇരിക്കുന്ന ശീലമുള്ള എവിടെങ്കിലും ഇരിക്കാം സുഖമായിട്ട് കേൾക്കാം രസിക്കാം സതാമ്പസംഗാത്മമവീര്യ സംവിധോ ി ഹൃത്കർണ്ണരസായ കഥാ തജോഷനാത് ആശു അപവർഗവർമനി ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യത്തി ശ്രദ്ധയുണ്ടാവും ഭക്തി ഉണ്ടാവും അതിൽ രതി ഉണ്ടാവും അഡിക്ഷൻ ഉണ്ടാവും എന്നാണ് ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അഡിക്ഷൻ ഉണ്ടല്ലോ അത് ആ സമയത്ത് കാപ്പി ചായ തന്നെ ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലർക്ക് ദേഷ്യം വരും അവപ്പെടെ വിഷമാവുമല്ലോ ഒന്ന് അതേപോലെ സത്സംഗത്തിൽ ഒരു അഡിക്ഷൻ ഇടയ്ക്കിടയ്ക്ക് സത്സംഗം കിട്ടിക്കൊണ്ടേയിരിക്കണം അത് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഡിക്ഷനും നല്ലതല്ല പക്ഷെ സത്സംഗത്തിലുള്ള അഡിക്ഷൻ കുറച്ചു കാലത്തേക്കാവാം കുറെ കഴിയുമ്പോൾ ആ അഡിക്ഷനും പോണം സത്സംഗത്തിനെ പോലും ആശ്രയിക്കാൻ പാടില്ല ഇതുമ്പോൾ ഏഴു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു പോയിട്ട് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കാനല്ല ഈ ഏഴു ദിവസം ഇത് കഴിഞ്ഞാൽ സത്സംഗത്തിൽ എപ്പോഴും ഇരിക്കാൻ പഠിക്കണം പക്ഷെ അതിനൊരു ബലം കിട്ടണവരെ ലൗകികത്തിന്റെ പിടി വിട്ടുപോകാൻ ഈ സത്സംഗത്തിനെ ആശ്രയിക്കാം ലോകത്തിന്റെ പിടി അല്ലെങ്കിൽ പുറത്തു പോയാലോ ഓവർ പവറിംഗ് ആണ് അല്ലേ ടിവിയും മറ്റു വിഷയങ്ങളും വീട്ടിലിരുന്നും ഇതുപോലെ ധ്യാനിക്കാം ഭാഗവതം വായിക്കാം പറയാം പക്ഷെ അത്ര എളുപ്പമല്ല നമുക്ക് അത്ര എളുപ്പമല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്ത് പല കുന്ത്രാണ്ടങ്ങളും ഉണ്ട് വിഷമങ്ങളുമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല ഇവിടെയാവുമ്പോ ഇനി ഏഴ് ദിവസം എന്ന് പറഞ്ഞ സത്സംഗം ഇരിക്കുമ്പോൾ അടുക്കളപ്പണി മുഖ്യമായിട്ടില്ല വളരെ ജോലിയൊന്നുമില്ല തീ കൂട്ടാനിൽ ഉപ്പ് പോരാ എന്നൊക്കെ ഇടയ്ക്ക് പറയാം ഭക്ഷണമൊക്കെ കഴിക്കാം കേൾക്കുകയും ചെയ്യാം സത്സംഗം നമുക്ക് എല്ലായിടത്തും ധാരാളം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ സത്സംഗത്തിൽ എവിടെങ്കിലുമൊക്കെ അങ്ങനെ ഇരുന്ന് പതുക്കെ പതുക്കെ ഇതിൽ ശ്രദ്ധാരഥിർ ഭക്തിർ അനുക്രമി അതിനോട് ശ്രദ്ധയുണ്ടാവും പിന്നെ അതിൽ രതി ഉണ്ടാവും രതി എന്ന് വെച്ചാൽ അതിനെ തന്നെ ആസ്വദിച്ചു തുടങ്ങും ശ്രതി ഉണ്ടായാൽ അടുത്തപടി ഭക്തിഹി ഭക്തി എന്ന് വെച്ചാൽ നിത്യനിരന്തരമായ ഇതൊക്കെ അനുക്രമിച്ചതി റെസ്പെക്റ്റീവലി ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകിലോ ഒന്ന് ഒന്ന് പുറകെ ഒന്നായിട്ട് വരും ആദ്യം ശ്രദ്ധയാണ് സത്സംഗത്തിലേക്ക് പോകണം എന്നൊരു ശ്രദ്ധ രണ്ടാമത്തെ പടി ഭക്തി രതി ശ്രദ്ധ ആദ്യം ഉണ്ടാവണം ശ്രദ്ധ ഉണ്ടായി വരുന്നു ചിലർക്ക് ശ്രദ്ധ ഉണ്ടായിട്ട് വരാൻ പറ്റാതെ പോവും അതെന്തോ ഒരു വിഘ്നം അതാണ് മന്ദഭാഗ്യാഹ എന്ന് ഭാഗവതം പറയുന്നത് ചിലപ്പോൾ ഭാഗ്യ കേടു വരാൻ കഴിയാതെ പോവാം ചിലപ്പോൾ ശ്രദ്ധ കഴിഞ്ഞ് പിന്നെ അടുത്ത പടി രതി സത്സംഗം കേൾക്കാനുള്ള സുഖം അത് ആദ്യം പിന്നെ ക്രമേണ അത് ഭക്തിയായിട്ട് മാറും ഭക്തി വെച്ചാൽ അനുഭവമാണ് ആ അനുഭവം സത്സംഗം കഴിഞ്ഞാൽ നിൽക്കും സത്സംഗം കഴിഞ്ഞിട്ടും ആ അനുഭവം നമ്മൾ വിട്ടുപോവാതെ നിൽക്കുകയാണെങ്കിലും അത് നമ്മളുടെ തന്നെ സ്വഭാവമായിട്ട് തീരുമ്പോ അതിന് ഭക്തി എന്ന് പറയാം ശ്രദ്ധാ രതിർ ഭക്തിർ അനുക്രമിഷ്യത്തി അങ്ങനെ ഭക്തി ഉണ്ടായാൽ എന്താ ഭക്യാപുമാ ദൃഷ്ടശ്രുതാ മദ്രചനാനുചിന്തയാ ചിത്തയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ ഋജുബിർ യോഗമാർഗൈ ഇവിടെ കമല ഭഗവാൻ പറയണത് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ എന്തിയും ഇനി തീരുമാനിക്കുക ഇനി ചിത്തത്തിന് വെളി വിഷയങ്ങളൊന്നും വിടാൻ പാടില്ല ഈ ഭക്തിയിൽ ഇത്രയധികം ആനന്ദമുള്ളപ്പോ ഞാൻ ഇനി എന്തിനു ലോക വിഷയങ്ങളിലൊക്കെ പോയി പെടണം ജാത വിരാഗ്രിയാ ഇന്ദ്രിയ വിഷയങ്ങളിലൊക്കെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ വൈരാഗ്യം വരും ആരും പറഞ്ഞു കൊടുക്കുന്നു വേണ്ട ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ പതുക്കെ പതുക്കെ വൈരാഗ്യം വരും ഒരാൾ ഉപദേശിക്കാതെ തന്നെ ഉണ്ടാവും ജാതവിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത് താൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വിരാഗം പലതും കണ്ടത് പഴയ പഴയ കാര്യങ്ങൾ ഇനി കാണണം എന്നുള്ള ആഗ്രഹവും പഴയ കേട്ടിട്ടുള്ള പല വിഷയങ്ങളും അതിൻ്റെയൊക്കെ ഡിസ്റ്റർബൻസ് ഉള്ളെന്ന് വിട്ടുപോകും ചിത്ത ഗ്രഹണേ യഥിഷ്യതി പതുക്കെ പതുക്കെ ചിത്തത്തിന് വെളിവിഷയങ്ങളിൽ നിന്നും ഭഗവാന്റെ ദിവ്യരൂപത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കും ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഗ്രഹിച്ച് ധ്യാനം പരിശീലിച്ച് തുടങ്ങും എന്നാണ് എന്നുവെച്ചാൽ സത്സംഗത്തിൽ അയാൾക്കുണ്ടായ ഭക്തി തന്നെ ധ്യാനമാണ് ഏകാന്തത്തിൽ അതിനെ ആസ്വദിച്ച് ഇരുന്നു കൊണ്ട് ധ്യാനിച്ച് ധ്യാനിച്ച് ഹൃദയത്തില് ആ ആത്മസുഖത്തിനെ അനുഭവിച്ചു തുടങ്ങും ഋജുപെറി യോഗമാർഗം ഈ യോഗമാർഗങ്ങളൊക്കെ അപ്പൊ ഫലിക്കും യോഗമൊന്നും ആരും ഉപദേശിക്കാതെ തന്നെ ചിലപ്പോൾ യോഗം വരും പ്രാണായാമാതി യോഗങ്ങളും മറ്റു പല യോഗസാധനകളും അവനിൽ ആവിർഭവിക്കുകയും ഈ യോഗ സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് വരേണ്ടതല്ല ശരിക്കും പറഞ്ഞാണ് ചിത്രം ശുദ്ധമാവുമ്പോൾ വരേണ്ടതാണ് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുപിടിച്ച ഋഷികൾ എപ്പോൾ എവിടുന്ന് കണ്ടുപിടിച്ചു നമ്മളുടെ ചിത്രം ശുദ്ധമാവുമെന്ന് തോറും യോഗമാർഗങ്ങളുടെ ഉപദേശമൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടാവും വെളിയിൽ നിന്നൊരു ആചാര്യന്മാർ വന്ന് നീ പോണത് ശരിയായ മാർഗമാണെന്ന് പറഞ്ഞു തരികയും ചെയ്യും ഋജു എല്ലാ യോഗങ്ങളും ആവിർഭവിക്കും വിചൃംഭിതേന പ്രകൃതി ഗുണങ്ങളിൽ നിന്നും പിടിവിട്ടു വരികയും വൈരാഗ്യത്തോടുകൂടിയുള്ള ജ്ഞാനം ഹൃദയത്തിൽ ആവിർഭവിക്കുകയും ഭക്തി ദൃഢമാവുകയും ചെയ്യും എന്ന് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കാനുള്ള മാർഗവും പറഞ്ഞു കൊടുത്തു ലാറ്റിനു മേലെ കപിലന്റെ പ്രബലമായ ഉപദേശം സകല പ്രാണികളോടും ദയോടെ ഇരിക്കുകയും കാരുണ്യത്തോടുകൂടി ഇരിക്കുന്നത് തന്നെ ഭക്തിയാണെന്നാണ് വിശക്ക് ഒരു ശരീരത്തിന് ഭക്ഷണം കൊടുക്കാം തേടി പിടിച്ചൊന്നും പോണ്ട എതിർച്ചയാ ഒരു നമ്മളുടെ മുമ്പിൽ തന്നെ കാണുന്നതിൽ പ്രവർത്തിച്ചാൽ മതി വസ്ത്രത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുക വിഷമിച്ചിരിക്കുന്നവർക്ക് മനസ്സിന് ഒരു സമാധാനത്തിനുള്ള മാർഗം എന്തെങ്കിലും കൊടുക്കുക ഇതൊക്കെ തന്നെ ഭക്തിയാണ് അങ്ങനെ മുമ്പിൽ കാണുന്നവരെ നിഷേധിച്ച് തള്ളി ഒരാള് മണിക്കൂർ കണക്ക് ഇരുന്ന് സ്വർണപാത്രത്തിൽ പായസം ഉണ്ടാക്കി വെച്ച് പൂജ ചെയ്താലും അയാൾ എന്നെ പരിഹസിക്കുകയാണ് എന്നാണ് കപിലൻ പറയുന്നത് അതെങ്ങനെയാന്ന് വെച്ചാ പുറത്ത് നാരായണ ഗുരുസ്വാമി ഉള്ളപ്പോ ഒരിക്കൽ നടന്നു അത്ര ആഗുമാൻ സ്വാമിയുടെ ഒരു പുസ്തകത്തിൽ വരും നാരായണ ഗുരുസ്വാമി ഉമർത്ത് വശന്നുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉള്ളിൽ വെച്ച് പായസമൊക്കെ വെച്ച് നിവേദ്യം അപ്പൊ ആഗുമാൻ സ്വാമി ചോദിച്ചു എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ അതുപോലെ ആ ഭഗവാൻ തന്നെ പല രൂപത്തിന് മുമ്പിൽ വരുമ്പോ നമ്മളത് കാണാതെ അവജ്ഞ കാണിക്കുകയാണ് യോമാം സർവേഷു ഭൂതേഷു സ്വന്തം ആത്മാനം ഈശ്വരം ഹിത്വാ അർജാംഭജതയും ഓട്യാത് ഭസ്മന്യേവ ജുഹോതിസഹ സർവഭൂതങ്ങളിലുള്ള എന്നെ ഉപേക്ഷിച്ച് ആര് അർച്ച അർച്ചന ചെയ്യുന്നു അവൻ ഭസ്മത്തിലാണ് ഹോമിക്കുന്നത് അഗ്നിയിലല്ല ഹോമിക്കുന്നത് ഭസ്മത്തിലാണ് ഭസ്മന്യേവ ജുഹോതിസഹ റെവല്യൂഷണറി ടീച്ചിങ് കപിലന്റെ സർവഭൂതങ്ങളിലും ഞാൻ ഉണ്ട് എന്ന് കാണണം അങ്ങനെ കണ്ട് എന്നെ പൂജിക്കുകയാണെങ്കിൽ ആ പൂജ എന്നിലേക്ക് വന്നു ചേരും ഒരു ഭൂതഗ്രാമങ്ങളിൽ ഒന്നിനെ പോലും അപമാനിക്കരുത് ഭാഗവതത്തിലൊരു ഉപദേശമാണ് പ്രായോഗിക ആക്കണം അതാക്കിയിട്ടില്ലെങ്കിൽ ഭക്തിയാവില്ല എന്നാണ് അതായത് എന്ത് പ്രാണിയാണെങ്കിലും ഒന്നിനെയും ഹിംസിക്കുകയോ നമ്മളുടെ സ്വാർത്ഥത്തിന് വേണ്ടി കൊല്ലുകയോ ഒന്നും അവരുത്തുന്നതാണ് ചട്ടമ്പി സ്വാമിയോട് ഒരാൾ ചോദിച്ചു എന്നാണ് സ്വാമി ഇത് പറയണതൊക്കെ കാര്യം ശരി ഈ എലിയുടെ ഉപദ്രവം സഹിക്കവയ്യ വീട്ടിലെന്ത് ചെയ്യും അത് വീട്ടിലുള്ള മുണ്ടൊക്കെ കടിച്ചു കയറുന്നു എന്തിനും അപ്പോ സ്വാമി അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ മാത്രം ജീവിക്കാനുള്ളതാണോ ഈ ലോകം എന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ സംഗീതം നല്ല ഒരു രാഗം എന്തോ ആലോപിച്ചപ്പോ ആലോപിച്ചപ്പോ ആ വീട്ടിലുള്ള എലികളൊക്കെ ഒരു വരിയായി എന്തോ ഒരു അരി വെതറയും ചെയ്തു എന്നിട്ട് എലികളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ നേരിയത് കടിച്ച ആളൊന്നും മാറി നിൽക്കാം അതിൽ ഒരാൾ മാറി നിന്നു എത്ര കണ്ട് വാസ്തവണോന്നറിയില്ല പക്ഷെ ഒരു എലി മാറി നിന്നു അപ്പോ പറഞ്ഞു അത്ര കടിക്കരുത് കേട്ടോ ഇവര് നമുക്ക് വിഷം വെക്കും നമ്മളൊക്കെ ഒന്നായി എലിയും ഞാനും ഒക്കെ ഒന്നായി ഇവര് നമുക്ക് വിഷം വെക്കും കടിക്കരുത് ആ വീട്ടിലുള്ള എലികളൊക്കെ പോയിരുന്നാണ് നമ്മളുടെ പൂജയ്ക്ക് ദിവസം കീശാന്തി എലിയാണ് വിളക്കൊക്കെ വൃത്തിയാക്കി വെക്കും ദിവസം എണ്ണയൊക്കെ കുടിച്ച് തിരിയൊക്കെ പറ്റിച്ച് ദിവസം പൂജ കഴിഞ്ഞ് വിളക്കവിടെ വെച്ചിട്ട് പോയാൽ തുടച്ച് വൃത്തിയാക്കി എന്നെയൊക്കെ കുടിച്ച് ശരിയൊക്കെ ശാന്തി പണിയാണ് അതിന് ഭക്ഷണത്തിനാണ് അത് വരുന്നത് അതൊന്നും മെനക്കെട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നില്ല അതിന് വേണ്ടതൊന്നും നമ്മളവിടെ വെച്ചിട്ടില്ലെങ്കിൽ അത് വരൂല്ല ഉപദ്രവമാണെങ്കിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രാണികളൊന്നും ഉപദ്രവിക്കില്ല അവർക്ക് വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് പറഞ്ഞാണ് വരണം സപ്തമസ്കന്ധത്തിൽ നാരദൻ പറയണം അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നാണ് സകല പ്രാണികൾക്കും ഭക്ഷണം നമ്മൾ ആശ്രയിച്ച് അടുത്തിരിക്കുന്ന എലി അണ്ണൻ കാക്ക പൂച്ച നായ എന്തൊക്കെ വരണോ ഇതിനൊക്കെ ഭക്ഷണം എന്താന്ന് വെച്ചാൽ ഏതേത് ജീവനാണ് ആ ശരീരത്തിൽ ഏതൊക്കെ രൂപത്തിൽ വരണോ എന്ന് നമുക്കറിയില്ലേ ഈ പ്രാണികളൊക്കെ ചുറ്റും നിൽക്കണോ ഈ സർവഭൂതങ്ങളിലും और रूबतिल, रूबतिल को ം ആത്മാനം ഈശ്വരം ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാ ജീവാത്മാ രൂപത്തിൽ അന്തര്യാമി രൂപത്തിലിരിക്കുന്ന ഭഗവാനെ അർച്ചിക്കുന്നത് അവർക്ക് ഭക്ഷണമോ മറ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ അന്തര്യാമി സന്തോഷിച്ചു അല്ലെ നമ്മൾ വളരെ വിശക്കുമ്പോൾ നമ്മളെ തന്നെ വെച്ചുകൊണ്ട് നോക്കുക ആരെങ്കിലും ഭക്ഷണം തരുമ്പോ നമുക്ക് എത്ര സന്തോഷമായിരിക്കും അവരെ കാണുമ്പോൾ ഈ സന്തോഷം എന്നുള്ളത് തന്നെ ആശീർവാദം അല്ലാതെ അവർ വീണ് നമസ്കരിച്ച് കൈ ഉയർത്തുന്നൊക്കെ ഒരു വെറുതെ ഒരു അതിൻ്റെ ഒരു ആചാരഭാഗം അത്രയുള്ളൂ യഥാർത്ഥ ആശീർവാദം എന്ന് പറയണത് നമുക്ക് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഭക്ഷണം കൊണ്ടുവന്ന് തരും അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കൽ ഒക്കെ വളരെ ജാഗ്രതയായിരിക്കും നമ്മളിങ്ങനെ ഒരു സപ്താഹം നടത്തും നടക്കുമ്പോഴും അതെ വരുമ്പോ ഭക്തജനങ്ങൾക്കും ഒക്കെ യാതൊരു വിഷമവും ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നത് അൽ എന്താ വിഭവ സമൃദ്ധമൊന്നും അല്ലെങ്കിൽ പോലും ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ കൊടുക്കാനൊക്കെ കഴിഞ്ഞാലേ ഇത് യജ്ഞമാവുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്യുന്ന വസ്തുസ്ഥിതി കൊണ്ട് ദ്രവ്യം കൊണ്ട് ജഡമായ പദാർത്ഥം കൊണ്ടൊന്നും നടക്കില്ല നമ്മളുടെ ഭാവമാണ് മുഖ്യം ഭാവം മാറിപ്പോയാൽ പോയി ആദരവോടുകൂടെ ഭാവത്തോടുകൂടെ അത് കൊടുക്കുകയാണെങ്കിൽ ഇത് യജ്ഞമായിട്ട് തീരും അത് വളരെ വിഷമാണ് ഇത്രയും ആളുകളൊക്കെ കൂടി വരുമ്പോ ചെയ്യുന്നവരും നടത്തുന്നവരും എല്ലാവരും കൂടി വന്ന് ആ ഭാവം ഉണ്ടാക്കുകയൊക്കെ വിഷമാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ യജ്ഞമാണ് ഏറ്റവും പ്രാക്ടിക്കൽ ഒരാളായിട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതിയല്ലോ കൂട്ടമായിട്ടൊന്നും നോക്കിയിട്ടൊന്നും നടത്താൻ പറ്റില്ല നമുക്ക് അവരവരുടെ ഗൃഹത്തിൽ അവരവരുടെ വീട്ടില് അവരവർക്ക് കയ്യിലൊതുങ്ങാവുന്ന വസ്തുക്കളെ വെച്ചുകൊണ്ട് ഈ യജ്ഞം ചെയ്യാം വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ഫലം നമുക്ക് പ്രത്യക്ഷമായിട്ട് അപ്പപ്പ കാണാൻ പറ്റില്ല പക്ഷെ വേറെ പല വിധത്തിലും ഫലം മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം എല്ലാറ്റിനേക്കാളും വലിയ ഫലം ചിത്തശുദ്ധിയാണ് ആനന്ദ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആനന്ദം പതുക്കെ പതുക്കെ വരും ഈ യജ്ഞം ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയാനും പാടുള്ളൂ രഹസ്യമായിട്ട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈക്ക് അറിയാൻ പാടില്ല എന്ന് പറയണ പോലെ രഹസ്യമായിട്ട് വ്യക്തി താൻ സമ്പാദിച്ചത് തന്റെ ശരീരം ഉപയോഗിച്ച് മെനക്കെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെ വെച്ചുകൊണ്ട് വ്യക്തിഗതമായ രീതിയിൽ ചെയ്യുന്ന യജ്ഞത്തിൽ കഴിയുന്നതും മനനം തുടർന്നുകൊണ്ട് ചെയ്താൽ അതിൽ സ്വാർത്ഥതയില്ലാതെ ആരാധനാഭാവത്തോടെ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കപിലൻ പറയണു അതിനേക്കാളും വലിയൊരു പൂജയില്ല ആരാധനയില്ല ഭക്തിയില്ല ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ് സ്ത്രീകളൊക്കെ ചിലപ്പോ ചില വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തോന്നും അതിനേക്കാളും വലിയ ഭക്തിയില്ല രാവിലെ മുതൽ മെനക്കെട്ട് ഭക്ഷണം പാകം ചെയ്ത് സ്നേഹത്തോടുകൂടെ പ്രിയത്തോടുകൂടെ അതിഥികൾക്ക് കൊടുക്കുമ്പോൾ സന്തോഷമായിട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതൽ ഭക്തി കാണുന്നത് സന്തോഷമായിട്ട് നമ്മള് ശരീരം കൊണ്ടോ മെനക്കെട്ടോ ഉണ്ടാക്കി പാചകം ചെയ്ത് പ്രിയത്തോടെ ചെയ്ത് കൊണ്ട് വിശക്കുന്ന ഒരു ജീവൻ അതിന് പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് ആ ആനന്ദം കാണാം ബാക്കിയൊന്നും മതി എന്ന് പറയില്ല ബാക്കിയൊന്നും എത്ര കൊടുത്താലും തൃപ്തിയാവില്ല പണമൊക്കെ കൂലിയൊക്കെ കൊടുത്തു നോക്കൂ പണിക്കാർക്കൊക്കെ പണിയൊക്കെ ഇങ്ങനെ എത്ര കൊടുക്കും ആ ശരി അതിനൊന്നും സന്തോഷമൊന്നുമില്ല നമ്മൾ ചെയ്തു തരണോ ചിലപ്പോ എന്താ എത്ര കൊടുത്താൽ ഇനിയും കുറച്ച് കിട്ടാമായിരുന്നു പക്ഷെ ഭക്ഷണം കൊടുക്കുമ്പോ വിശന്നുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആകപ്പെടെ ഈശ്വരൻ ഭൗതികമായ ഒരാവശ്യമേ വെച്ചിട്ടുള്ളൂ ഭക്ഷണം വസ്ത്രം പോലും നമ്മൾ ഉണ്ടാക്കിയതാണോ ഭഗവാൻ അല്ലെങ്കിൽ നമുക്ക് ജനിക്കുമ്പോൾ വസ്ത്രം വേണം ഒരു ഉണ്ടാക്കിയിട്ടില്ല നമ്മളുടെ ഉള്ളില് നമ്മളുടെ ഒരു അഭിമാനം കാരണം വസ്ത്രം അപ്പൊ വസ്ത്രം കൊടുക്കുന്നത് രണ്ടാമതാണ് ഭക്ഷണം വിശന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവനും ഭക്ഷണം പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാം അതിന്റെ ഫലം തിരുവണ്ണാമല ഒരു അവധൂത സ്വാമിയുണ്ട് അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു മൗനിയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ എന്റെ കൂടെ വരുന്ന ഒരു ഭക്തൻ കുറെ സാധുക്കളെ കണ്ടവർക്കൊക്കെ മുണ്ടുകൊടുത്തു ഈ സ്വാമി എന്നോട് മൗനത്തിൽ തന്നെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും കൊടുക്കരുത് എന്ന് ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവർ വിൽക്കും അവർക്ക് പിന്നെയും വേറെ ഈ പണമാക്കിയിട്ട് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലാതെ ഇതൊന്നും ശരിക്കും ഉപയോഗിക്കില്ല എന്നാണ് അദ്ദേഹം പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്നവർ ഇതൊന്നും നോക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല കൊടുക്കുന്നത് നമ്മളുടെ ഭാവം നമ്മൾ കൊടുക്കണോ അത്രയേ ഉള്ളൂ അവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല എന്നാലും പക്ഷേ ഭക്ഷണത്തിൽ ഒരു ശുദ്ധി മുമ്പിൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് ഭക്ഷണം വിശപ്പിന് കൊടുക്കുമ്പോൾ അതൊരു പൂജയാണ് ആരാധനയാണ് വൈശ്വാനത യജ്ഞമാണ് വൈശ്വദേവയജ്ഞം എന്ന് ബ്രാഹ്മണർക്ക് ദിവസം വൈശ്വം കഴിച്ചോ എന്ന് ചോദിച്ചു ഊണ് കഴിച്ചോ മധ്യാനം ഊണ് കഴിക്കണമെങ്കിൽ തന്നെ വൈശ്വം കഴിച്ചോ എന്ന് ചോദിക്കുക പതിവാണ് ഈ വൈശ്വദേവയജ്ഞത്തിന്റെ മുഖ്യമായ ഭാഗം ഭക്ഷണം കൊടുക്കലാണ് ത്രിസുവർണ്ണമയാചിഷം ബ്രാഹ്മണായം ത്രിസുവർണ്ണമെന്നുള്ളതിന് പാഠത്തിന് വ്യാഖ്യാനം പറയുന്ന ഭക്ഷണം കൊടുക്കൽ എന്നാണ് ജ്ഞാനം കൊടുക്കലെന്ന് അർത്ഥമുണ്ട് ഭക്ഷണം കൊടുക്കും എന്നുവെച്ചാൽ അത് വിശന്നു കൊണ്ടുവരുന്ന യാചിക്കാതെ വിശന്നു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ വളരെ ഫലവത്താണെന്ന് അതൊരു പൂജയാണ് ആരാധനയാണ് ഒരു ഉപാസനയാണ് അങ്ങനെ ഭക്ഷണം ഇല്ലെങ്കിലോ പ്രിയമായൊന്ന് നമസ്കരിച്ചാലും മതിയെന്നാണ് ഒരാൾക്കിപ്പോൾ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇന്നിപ്പോൾ സപ്താഹത്തിന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് വേറെ നിറയെ കഴിച്ച ആളെ ഭക്ഷണം കൊടുത്താൽ ശരിയാവില്ല വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിലോ വേറെ എന്താണെങ്കിലും പ്രിയത്തോടുകൂടെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഒരു യജ്ഞമാണ് അപ്പോ ദാനമാനാഭ്യാം മൈത്രിയ അഭിന്നയന ചക്ഷുഷ ഭേദഭാവമില്ലാതെ ഉള്ള പെരുമാറ്റം കൊണ്ട് തന്നെ എന്നെ ആരാധിക്കാം ഭക്തി ചെയ്യാം എന്ന് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു അതല്ലാതെ ഗർഭത്തില് കിടക്കുമ്പോ നമ്മളൊക്കെ ഭഗവാനോട് ഒരു സത്യം ചെയ്ത് കൊടുത്തിട്ട് വന്നുണ്ട് അത് ഓർമ്മിപ്പിക്ക ഗർഭപാത്രത്തിലോട് വയത്തിൽക്ക നമ്മള പ്രാർത്ഥന പണിയോ ഇതിലേന്ത് വന്ന ഈശ്വര ഭജനം പണിക്കറേ ഭക്തി പേ നമ്മൾ പ്രാർത്ഥന പണി നമുക്ക് ബുദ്ധി വയ്ക്കേ രണ്ട് വയസ്സ് മൂന്ന് വയസ്സാകും അപ്പം ഇക്കറേ ഞാപകം ഇല്ലേ അപ്പം ഗർഭത്തിൽ എങ്ങനെ ഞാപകം എക്ക പോ ഗർഭത്തിലാണി അത് പൂർവ ജന്മ സ്മൃതി എല്ലാം ഉണ്ടായി അയ്യോ ഇനിമോ പറക്ക വിടാ തോന്നുമ എത്രയോ ജന്മാ കടന്നു വന്നാച്ചു ഞാനികൾ യോഗികൾക്കെല്ലാം എത്ര ജന്മാ കടന്ന് വന്നിരിക്കൽ പൂടായി പുഴുവായി മരമാകി പൽവിരുഗമാകി പറവയായി പേയായി മനിതരായി മനീതരായ് പേയായ് ഗണങ്ങളാകിവൽ അസുരായി മുനിവരായ് ദേവരായ്ലാൻ ഇൻ ഈ സ്ഥാവര ജങ്കമത്തൽ എല്ലാ പിറപ്പും പിറന്ന് ഇളത്തേൻ ഇത്തര പെന് പെന് പെറു അളച്ചു പോയിട്ടേ യോഗികൾ നമുക്കൊന്നും തരിയാതേ എത്ര പെന്തോ എന്താ ജന്മാ പഷ്ടങ്ങൾ ഒന്നും തരിലേ അയം ലോകോ നാസ്തി പരാ അന്ന് ലോകം താക്ക് വേറെ ഒന്നും ഇല്ലേന്ന് അത് ഗർഭത്തിലിം പോട്ടി കൊടുക്കാം ഭഗവാന് സിനിമ പോട്ടി കൊടുക്കാം ഇല്ല എന്നും പാത്ത അനുഭവിച്ച പാത്ത ജീവൻ ഗർഭത്തിലേക്ക് ഇപ്പം ഇപ്പിതാനേ ഉക്കാൻ കൈ കോപ്പിന് കാൽ എല്ലാം മടക്കിന് ഇപ്പൊ ഉണ്ട് ജീവൻ ഭഗവാ ഭഗവാനേ എന്ന ഗർഭത്തിലെ വെളിയിലെ വിട്ടുടു എപ്പ വിട്ടുടു അത് കഷ്ടമാക്ക് അത് ഒരു ചൂട് വരെ ഇക്ക ഇങ്ങ ഏസി എർപ്പത്തിൽ ആരും ഏസി പോടുക്കും എർബത്തിള്ള ഒരു ചൂട് അത് അമ്മ വരെ കടുമങ്ങാപ്പ അത് ചൂടാ ഏതാവ് ഉള്ള വിട്ടത് അത് വരെ ഉള്ളവ കഷ്ടപ്പെടുത്തും ഇന്ന ശിശുവ പലവിധ കഷ്ടങ്ങൾ ആദവും കർമ്മ പ്രസംഗാത് കലി കലുഷം മാതൃ കുക്ഷവും വിമൂത്ര അമേ്യമധ്യേ കൊഥയതി നിതരാം ജാഠരോ ജാതവേധ യൈ തത്ര ദുഃഖം യഥയതി നിതരാം ശക്തേ കെയ വക്തം ക്ഷോ മേ അപരാധ ശിവ ശിവ ശിവഭോ ശ്രീമാദേവംഭോ പൂർവകർമ്മ പ്രസംഗം കണ്ടിന്യേഷൻ അത് അമ്മാവോട് ഗർഭത്തിലെ വന്ന് വിഴു അന്ത ഗർഭത്തിൽ വിൺ മൂത്ര അമേദ്യ മധ്യേ ഇങ്ങല്ലാ അഴകാ ഇറക്ക പോ എല്ലാ അഴുക്കും അഴുക്ക് പടുത്തണ്ട് എല്ല അ ഭക്തിയോ ഭജനമോ പണ മുടലേങ്ക ആദിശങ്കര ആ ഇ കപിലർ അങ് കുഴ അഴുതുതാം ഭഗവാനെ എപ്പിയാവും വെളിയ വിട്ടോട് ഏതാവത് സദ്ുരുവ പാത്ത് ഞാനോപദേശം വാങ്ങി സാധന പണി ഭക്തി പണി എപ്പിച്ച ആ പ്രസവത്തിലേ വന്നാ മറന്നോടും തസ്യോപസന്നമവിതും ജഗതിച്ഛയാ തനോഹ ഭുവി ചല ശരണം സോഹം പ്രജാമി ശരണം ഹി അകുതോ ഭയം മേനേ ദൃശി ഗതി അദർശ അസദോനുരൂപം യത്ര ബദ്ധ കർമ്മിരാവൃതാത്മാ ഭൂതേന്ദ്രിയശയമയേ അവലംബ്യമായാം ആസ്തേ വിശുദ്ധം അവികാരം അഖണ്ഡ ബോധം ആതപ്യമാനം ആതപ്യമാന ഹൃദയേ അവസിതം നമു അത് ഗർഭപാത്രത്തിലഗവത് വചനം എന്ന് പ്രാർത്ഥന പണ്ടാലും വെളിയില വന്ന ഉടനെ മറന്നു ഗർഭത്തിൽ നിന്ന് പുറത്തു ചാടിയതും പ്രസവഗണിത ബോധ ക്വാ ക്വാ ക്വാ ക്വാ ക്വാ സംസ്കൃതത്തില് ക്വാ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഏതോ ഒരു ദർശനം ഉണ്ടായിരുന്നു അവിടെ അത് മറന്നുപോയി എവിടെ എവിടെ എവിടെ ക്വാ ക്വാ ക്വാ ശരീരത്തിലെ താതാത്മ്യം വന്നിട്ട് ശരീരത്തിൽ പെറപ്പുറം തന്നെ ശരിയറ്റ ശരീരത്തിൽ മുളപൊള്ളതാ ബാഡിനാണ് ഒരു നനപ്പ് വരതായി നമ്മൾ എന്നോ കുഴക്കുന്ന ദൃഷ്ടി ഉറയ്ക്കലേ ചല്ലോ അപ്പം അത് കണ്ണെല്ലാം ആ കണ്ണാല പാക ആരംഭിക്കില്ല അത് നമ്മ രൂമുളക്കൂം ജനലാ തുറന്നപ്പുറം തന്നെ ജനലുക്ക് വളിയ പാപ്പം അത് മാറി ശരീരത്തിൽ ഇരുക്ക് ആ ശരീരത്തെ യൂസ് പണി തുടങ്ങല ജീവൻ അത് രണ്ടു തൂങ്ങിട്ടേ ഇപ്പം തൂക്കത്തിലൂങ്ങിന്റെ ചിന്ന കുഴക്കം ഒരു മൂന്ന് വയസ്സ് വരെ നൂങ്ങും ഇരുപത് മണി നേരം എല്ലാം തൂങ്ങും ഏങ്ങ തൂക്കത്തിൽ അത് ഫ്യൂച്ചർ വരവേണ്ട അനുഭവങ്ങളും അത് തൂക്കം സ്റ്റേജ് മെച്ചൂർ ആയിട്ടേ ഇരിക്കും മൊല്ല മൊല്ല മൊല്ല അരണ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തി വരും സൂക്ഷ്മ ശരീരത്തിൽ സ്ഥൂല ശരീരത്തിൽ ആവിർഭവിക്കും സംസാരത്തിലു പുനപി ജനനം പുനരപി മരണം പുനരപി ജനീ ജയനം ഇപ്പിയേ ജീവൻ ചുറ്റിണ്ടേക്ക് ഇത് എന്ത ഒരു ഗതി ഒരു വരപോലെ എപ്പൊ ഇ ജീവനുക്ക് സംസാര താപം താങ്ക മുടാമ ഭഗവാന്റെ പ്രാർത്ഥന പോ അപ്പൊ ഇീവനുക്ക് ജ്ഞാനോപദേശത്തി അർഹത്തെ ഏർപ്പെട്ട് ജ്ഞാനമാർഗം തുറന്ന് കിടക്കരുത് ജ്ഞാനമാർഗം തുറന്നെടുത്താൽ ശരീരം നാണല്ല നാൻ ആത്മാങ്ക അനുഭവം ഏർപ്പെട്ടു ശരീരം വേറെ ഞാൻ വേറെ എന്നുള്ള അനുഭവം ഏർപ്പെട്ട് ഈ ജീവൻ വിമുക്തമാകുന്നു അല്ലെങ്കിലോ ആ ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിലോ ഇവിടെ എത്ര വയസ്സായാലും വാർദ്ധക്യം വരെ ആയാലും പിന്നെയും ഇവിടെ വാർദ്ധക്യം ബാധിച്ച കാളയെ പോലെ ഇരിക്കും എന്നാണ് കപിലൻ പറയണത് അതിന് ചുമട് വഹിക്കാനും വയ്യ അതിങ്ങനെ അവസാനം അതിനെ ധ്വംസനം ചെയ്യുകയും ചെയ്യും അതുപോലെ ഈ ജീവൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൂട്ടും അതിന് ഭഗവത് കൃപയല്ലാതെ വേറെ വഴിയില്ല ഇങ്ങനെ കപില ഭഗവാൻ അമ്മയ്ക്ക് തത്വോപദേശം ചെയ്ത് യോഗം ഉപദേശിച്ചു ദേവഭൂതിയും കപിലിന്റെ ഉപദേശം സ്വീകരിച്ച് ജീവൻമുക്തയായിട്ട് തീർന്നു കപില ഭഗവാൻ സിദ്ധഗണങ്ങളുടെ കൂടെ യാത്രയായി देवभूति ध्यान दे। मरत उ इले वीलें देवभूति शरीर उपेक्षु स्वतंत्रय अने कपिलोपाख्या तम वाम ब्रह्मपरम पुमा प्रत्यक्स्रोतसी आत्मी सं्यम स्वतेजसाध्वस्त गुणप्रवाह വന്ദേ വിഷ്ണു കപിലം വേദഗർഭം സർവത്ര ഗോവിന്ദനാമസീർത്തനം ഇനി ദക്ഷയാഗം ധ്രുവചരിത്രം മുതലായ കഥകളൊക്കെ വരുന്നു നീ ഒരു കുടുംബവർത്തമാനം മാമനാർ മാപ്പിളെ ചണ്ടെ വിതുരൻ മൈത്രേ മഹർഷിയോട് ചോദിക്കുകയാണ് ദക്ഷനും ശിവനും തമ്മിലൊരു സ്വരചേർച്ചയില്ലായ്മ ഉണ്ടായി സാധാരണ ലോകത്തിലെ ബഹളം കൂട്ടുന്നത് എപ്പോഴാ ഒരാളുടെ വസ്തു മറ്റൊരാൾ അപഹരിക്കുമ്പോ അല്ലെങ്കിൽ അപഹരിക്കോ എന്നുള്ള ഭയമുള്ളപ്പോ നമ്മളെക്കാളും കൂടുതൽ വേറെ ഒരാൾ കൊണ്ടാവുമോന്ന് സംശയമുള്ളപ്പോ ഒക്കെ രക്ഷയുണ്ടാവും രണ്ട് സന്യാസികളായിട്ട് നാടേ കാണാതെ കാട്ടിൽ തന്നെ വസിക്കുന്നവരാണ് അതിൽ ചെറുപ്പക്കാരനായ സന്യാസി നാട്ടില് ഭിക്ഷയ്ക്കായിട്ടോ നാട് കാണാനായിട്ടോ വന്നു അന്ന് തിരിച്ചു പോയി തിരിച്ചു പോയി വലിയ സന്യാസിയോട് ചോദിച്ചു ഞാൻ നാട്ടിൽ പോകുമ്പോ അത്ഭുതമായൊരു കാര്യം കണ്ടു രണ്ടുപേരും തമ്മിൽ നിലവിളിക്കുന്നു പരസ്പരം ബഹളം കൂട്ടുന്നു ചണ്ട കൂടുന്നു ഇതെങ്ങനെയാപ്പീ ചണ്ട കൂട ഇത് ചണ്ട കൂടിയിട്ടില്ലേ അവർക്കറിയില്ല എങ്ങനെയാ ഈ ദേഷ്യപ്പെടുക അപ്പൊ വയസായ സന്യാസി പറഞ്ഞു അവിടെ ഒരു കമണ്ഡലമുണ്ട് ഈ ചെറുപ്പക്കാരന്റെ കമണ്ഡലം ഈ സാധുവിന്റെ കമണ്ഡലം അതെടുത്ത് ആ വൃദ്ധ സന്യാസി പറഞ്ഞു ഇതെന്റെ ആണോ എന്ന് പറഞ്ഞു അപ്പൊ യുവ സന്യാസി പറഞ്ഞു അതിനെന്താ സ്വാമി എടുത്തോളൂ എന്ന് എനക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ചണ്ട ചണ്ട കൂടണമെങ്കിൽ ഇത് എന്റെയാണെന്ന് പറഞ്ഞാൽ അല്ല എന്റെ ആണെന്ന് പറയണം അപ്പോഴേ ചണ്ട കൂടാൻ പറ്റുള്ളൂ ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ചണ്ട കൂടും അതേപോലെ എന്തൊക്കെ സമൃദ്ധമായ സാധനങ്ങൾ വേണോ എല്ലാ അടുത്തോളൂ എന്ന് പറയുന്ന ആളാണ് ശിവൻ നമ്മള് മറ്റന്നാളെ കാണും അമൃതമധനത്തില് അപ്സര വന്നു അദ്ദേഹം കണ്ടില്ല മഹാലക്ഷ്മി വന്നു അദ്ദേഹം കണ്ടില്ല ഐരാവതം വന്നു അദ്ദേഹം കണ്ടില്ല ഉച്ചശ്രവസ് വന്നു അദ്ദേഹം കണ്ടില്ല ഇതൊക്കെ എടുക്കാൻ ആളുണ്ടായിരുന്നു ഒന്നിനും അദ്ദേഹം മത്സരത്തിന് വന്നില്ല വിഷം വന്നപ്പോ ആർക്കും വേണ്ട ദേവദേവ മഹാദേവ പോയപ്പോ കൈ നീട്ടി വാങ്ങിക്കുടിച്ചു അങ്ങനെയുള്ള ആളോട് ഈ ദക്ഷൻ എന്ത് ബഹളം കൂട്ടി പോയി ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃപത്സലഹാം വിദ്വേഷമകരോത്കസ്മാത് അനാദൃത്യ ആത്മജാം സതീം അതും തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ശിവനോട് കഷ്ടം ചരാചര ഗുരു നിർവൈരം ആത്മാരാമം കഥം ദ്വേഷി ജഗജോ ദൈവതം മഹത് ആത്മാരാമനായി ചരാചരത്തിന് ഗുരുവായി ശാന്തവിഗ്രഹം എപ്പോഴും പ്രശാന്തമായി സമാധിസ്ഥിതിയിലിരിക്കുന്ന ശിവൻ ദക്ഷനോട് ഈ പരസ്പരമുള്ള ഈ വിരോധം ഉണ്ടാവാൻ കാരണം എന്താ ഒരിക്കൽ പ്രജാപതികൾ ഒരു യാഗം നടത്തി ദേവന്മാരൊക്കെ ഉണ്ട് ഋഷികളൊക്കെ ഉണ്ട് യാഗശാലയിലേക്ക് ദക്ഷൻ വന്നു ദക്ഷപ്രജാപതി വളരെ തേജസ്വിയാണ് ഈ പ്രജാപതികളിലൂടെയാണ് ലോകത്തിൽ കർമ്മകണ്ഡം പ്രചാരമായത് സനകസനന്ദനാദികളിലൂടെ ജ്ഞാനകണ്ഡം പ്രചാരമായി ഭഗവത്ഗീതാഭാഷ്യം ആരംഭിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നു ദ്വിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ചുലസ്ത്യാദി പ്രജാപതീൻ സൃഷ്ട് പ്രവൃത്തിധർമ്മം ഗ്രാഹയാമാസ സനകസനന്ദനാദീൻ സൃഷ്ടി നിവൃത്തിധർമ്മം ഗ്രാഹയാമ സ വേദോക്തം വേദോക്തമായ പ്രവൃത്തിധർമ്മം നിവൃത്തിധർമ്മം പുലഹപുലസ്ഥ്യ പ്രജാപതികളെ സൃഷ്ടിച്ച് പ്രവൃത്തിധർമ്മവും സനകസനന്ദനാദി ജ്ഞാനികളെ സൃഷ്ടിച്ച് നിവൃത്തിധർമ്മവും ഉണ്ടായി എന്നാണ് അപ്പൊ ഇവരൊക്കെ കർമ്മകാണ്ഡ പ്രധാനികളാണ് ഈ പ്രജാപതികളൊക്കെ കർമാനുഷ്ഠാനം കൊണ്ടുമൊക്കെ അതിലൊക്കെ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ശിവനോട് പുച്ഛമാണ് ഒന്നും ചെയ്യുന്നില്ല യാതൊരു കർമാനുഷ്ഠാനവുമില്ല ലുപ്തക്രിയയാ ലുപ്തക്രിയായ അശുചയെ മാനിനെ ഭിന്നസേതവേ ഒരു ക്രിയയും ഇല്ല സന്ധ്യാവന്തനവും ഇല്ല അനുഷ്ഠാനമില്ല പ്രേതഭൂതങ്ങളുടെ കൂടെ നടനമാടുന്നു വസ്ത്രം കൊടുക്കാതെ നടക്കുന്നു ഉന്മാദനാഥൻ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്ന ആള് എന്നൊക്കെയാണ് പറയുന്നത് ജഡഭരതന്റെ ഏട്ടന്മാർ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ജടവർദ്ധന എങ്ങനെയാണ് അത്ര കരുതിയത് അവരൊക്കെ ത്രയ്യാമേവ വിദ്യായാം പര്യവസിതമതയഹാ അത് പരവിദ്യാം വേദമൊക്കെ നല്ലവണ്ണം പഠിച്ചവരായിരുന്നു അത്ര നല്ലവണ്ണം ചെയ്ത ആളുകള് പക്ഷെ ഇദ്ദേഹത്തിന്റെ ആന്തരികമായ സ്ഥിതിയെ മനസ്സിലാക്കാൻ അവർക്ക് ബലം പോരാ ദക്ഷനും ശിവദ്വേഷം വരാൻ കാരണം മുഖ്യമായ ഒരു കാരണം എന്താ ശിവനോട് ബഹുമാനമില്ല ശിവനിങ്ങനെ അവധൂതനായിട്ട് നടക്കണോ വസ്ത്രം എടുക്കാതെ നടക്കണം ചിലപ്പോ ഒരു ആനത്തോലുടുത്ത് നടക്കണം നാരായണഗുരുസ്വാമിയുടെ സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ അവസാന ശ്ലോകം നല്ല രസം അതിലദ്ദേഹം പറഞ്ഞു ഉണ്മാനില്ലാഞ്ഞിട്ട് ഇരപ്പോട്ടിയും ഒരു വടിയുമെടുത്ത് നീളേ നടക്കും പെൺമൈപ്പങ്കൻ കുടത്തിൻ കവിഴു കവിഴ് കവിയുമാറ് കള്ളുഞ്ചുമെന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ ഒരു കരിത്തോൽ ഉടുത്തും നടക്കും വൻമായ നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷനുമാമോ പുറമേക്ക് ഭഗവാന്റെ നടത്ത എങ്ങനെയാന്ന് വെച്ചാൽ കയ്യിലൊരു എരപ്പോട്ടി എടുത്തു നടക്കണമെന്നാണ് ഭിക്ഷാപാത്രം എരപ്പോട് ഹരി പിടിച്ച ആളുകളെ പോലെയാണ് അത്ര നടക്കുന്നത് കരിത്തോലുടുത്തും നടക്കും പുറമേക്ക് നോക്കിയാൽ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല ശ്മശാനേഷു ആക്രീഡ സ്മരഹര പിശാചാ സഹചരാഹ ചിതാഭസ്മാലേ പോ സ്രകി നൃകരോടീ പരികരഹ അമംഗലയം ശീലം തവഭു നാമൈവമഖിലം തദാപി സ്മർതൃണാം വരത പരമം മംഗളമസീ എവിടെയാ കളിക്കുന്നത് ശ്മശാനേഷു ആക്രീഡ ശ്മശാനത്തിലാണ് കളി എന്താണ് ശ്മശാനം എന്ന് വെച്ചാൽ ശ്മശാനത്തിൽ എന്ത് സംഭവിക്കണം ശരീരത്തിനെ എരിച്ചു കളയണം അല്ലെ ഈ ശരീരം ഞാനല്ല എന്ന് പറഞ്ഞ് എരിച്ചു കളയുന്ന ആ ജ്ഞാന ശ്മശാനത്തിലാണ് ശിവനെ കാണാൻ ഒക്കുള്ളൂ അതാണ് ശിവക്ഷേത്രത്തിൽ പോയാല് ഇവിടെയൊക്കെ കേരളത്തിൽ ശിവക്ഷേത്രത്തിലും ചന്ദനമാണ് സാധാരണ ഭസ്മം കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അല്ലേ എന്നാ പറയാൻ പാടില്ല നീയൊക്കെ ഇതാവുന്നു പക്ഷെ പറയാതെ പറയാണ് ഓരോരുത്തർക്കും കൊടുക്കുമ്പോ ഇതാണ് ഗതി ഇതാണ് ഗതി ഓരോരുത്തർക്കും വായുകൊണ്ട് പറഞ്ഞ ആളുകൾ ദേഷ്യപ്പെടുവേ കർമ്മം കൊണ്ട് കാണിക്കും ഭസ്മം ഇതാണ് അവസാനം ശ്മശാനേഷു ആക്രീഡ സ്മരഹർ എന്താണ് അവിടെ ശ്മശാനത്തിൽ ചെയ്യുന്ന സ്മരദഹനം കാമദഹനം പിശാചാഹ സഹചരാഹ കൂടെയൊക്കെ പിശാസികളാണ് അത്ര ചില മഹാത്മാക്കൾക്ക് ചുറ്റും ഉണ്ടാവും പിശാസികൾ അമ്പലങ്ങളിൽ ഉണ്ടാവും പിശാസികൾ പിശാചെന്ന് വെച്ചാൽ എന്താ ഭക്തന്മാർക്ക് പിശാസികളെ പോലെ ഭൂതഗണങ്ങളെ പോലെയൊക്കെ ലക്ഷണം പറയും എന്തിനാന്ന് വെച്ചാൽ ആ അനുഭൂതി രസത്തിൽ അവർ പിശാസിനെ പോലെ ആവുന്നു ഉന്മാതിയെ ഉന്മാദം പിടിച്ചവരെ പോലെ ആവുന്നു മഹാത്മാക്കൾ ചിലരൊക്കെ പിശാസിനെ പോലെ കാണിക്കും ഭാഗവതം പറയുന്നു ബാല ഉന്മത്ത് പിശാചവത്ത് ചിലപ്പോൾ ചെറിയ കുട്ടികളെ പോലെ ചിലപ്പോൾ ഭ്രാന്തനെ പോലെ ചിലപ്പോ പിശാസിനെ പോലെ ഇങ്ങനെയൊക്കെ സിദ്ധന്മാരുണ്ടാവും ഭഗവാന്റെ ഭക്തന്മാരും ഈ പിശാസികളെ പോലെയാണ് പിശാചാഹ സഹസരാഹ ചിതാഭസ്മാലേ പോം ശ്മശാന ഭസ്മം പൂശിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ പൗഡർ ഒന്നുമില്ല പാവം സ്രക പി നൃകരോട്ടി പരികര തലയോട്ടി മാല അമംഗല്യം ശീലം പുറമേക്ക് നോക്കിയാൽ ഒക്കെ ശീലം ിധിക്ക് കാമം വന്നു കശ്യപ്രജാപതിയോട് സന്ധ്യാവേളയിലും ആ ഗ്രഹത്തോടുകൂടെ കശ്യപ്രജാപതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്ധ്യാസമയത്ത് കശ്യപ്രജാപതി ദിതിക്ക് കാണിച്ചു കൊടുത്തു ഏതാ ഒരാൾ പോണെന്ന് നോക്കൂ മേലെ ആനത്തോലൊടുത്ത് ആ ശരീരം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തപ്തഹേമ നികായാഭം നല്ല കാറ്റിയെടുത്ത തങ്കം പോലത്തെ വർണം സാധാരണ ശിവന് നീലക്കളറിലൊക്കെയാണ് ഇപ്പൊ വരയ്ക്കുന്നത് സ്വർണ്ണവർണം ഇപ്പൊ ഇതിൽ നോക്കിയാൽ നല്ല സ്വർണ്ണവർണ്ണമാണ് കല്യാണ സുന്ദരേശ്വരം സ്വർണം പോലെയുള്ള ശരീരം ഭഗവാൻ ആനത്തോലുകൊണ്ട് മറച്ചിരിക്കുകയാണ് ശ്മശാനഭൂതി പൂശിയിരിക്കുക എന്നിട്ട് ആനത്തോലും എടുത്തു പോകുക ആ നിധിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് കശ്യപൻ പറഞ്ഞു ആ പോകുന്ന ആളുണ്ടല്ലോ എന്താ കാണിക്കണമെന്ന് അറിയോ നീ ഈ ശരീരത്തിനോടുള്ള ആഗ്രഹമാണല്ലോ വെച്ചുകൊണ്ടിരിക്കുന്നത് സ്വഭോജനം ആത്മതയോ പലാളിതം എന്ന് പരിഹസിച്ചുകൊണ്ട് പോവുകയാണെന്ന് ആ നായിക്കുള്ള ഭക്ഷണത്തിനെ നീ താനെന്ന് അഭിമാനിച്ചിരിക്കുന്നുവല്ലോ നീ ശരീരം നായിക്കുള്ള ഭക്ഷണം സ്പെഷ്യൽ ഫുഡ് ശ്മശാനത്തിലെ ബാക്കി കിടന്ന നായ എടുത്തുകൊണ്ട് പോകും എലിന്റെ കഷ്ടം മാംസമാണെങ്കിലും കടിച്ചു വലിക്കും ആ ശരീരത്തിന് ആത്മാവായി നീ ധരിച്ചിരിക്കണമല്ലോ എന്ന് കരുതി പരിഹസിച്ചുകൊണ്ട് ആ പോകുന്നു ഒരാളെ കാളപ്പുറത്ത് പോകുന്നു അഹോ വിഭൂംന ശരിതം വിടംബനം ആ ശിവനോട് ദക്ഷണ ദേഷ്യം വന്നു ശിവൻ എഴുന്നേറ്റില്ല ബ്രഹ്മാവ് എഴുന്നേറ്റില്ല ശിവനോട് കോപം കോപമെന്ന് കുറേ പരിഹസിച്ചു ഞാനിതാ ശിവനെ ദ്വേഷിച്ച് ചീത്ത പറയാണെന്ന് നിങ്ങൾ ആരും ധരിക്കരുത് സാധുക്കളുടെ ധർമ്മം ഞാൻ പറയാണ് എന്റെ മകളെ വിവാഹം കഴിച്ച ആളാണ് സാധുക്കൾക്കൊരാചാരമുണ്ട് ആ ആചാരത്തിനനുസരിച്ച് അയാൾ എന്നെ എഴുന്നേൽത്ത് നമസ്കരിക്കേണ്ടതാണ് പക്ഷേ ഇദ്ദേഹം വാക്കുകൊണ്ടുപോലും എന്നെ ഒന്നും മാനിച്ചൊന്നും പറഞ്ഞില്ല ഉദാസീനനായിട്ടും ഇണ്ടാതിരിക്കണമുതാ എന്ന് പറഞ്ഞു കുറേ ചീത്ത വിളിച്ചു അസഭ്യം വിളിച്ചു ഞാൻ ഈ ഉന്മാദനാഥന് ഈ ഭ്രാന്തന് എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തുവല്ലോ ബ്രഹ്മാവിന്റെ വാക്കുകേട്ട് വിവാഹം കഴിച്ചു കൊടുത്തുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നിന്ദ ചെയ്തിട്ടും ശപിക്കാനായി ജലമെടുത്തു അങ്ങനെ ശാപം കൊടുക്കുന്നു നന്ദികേശ്വരൻ അങ്ങോട്ട് ശപിച്ചു ഇങ്ങനെ ബഹളം നടക്കുമ്പോൾ ശിവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ബഹളം അങ്ങനെ അവസാനിച്ചു പക്ഷേ അതോട് അവസാനിച്ചില്ല ദക്ഷന് കോപം സഹിക്കവയ്യ ഞാനൊരു യാഗം നടത്തും ആ യാഗത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ ശിവനില്ലാതെ യാഗം നടത്തും അരുദ്രഭാഗം രുദ്രഭാഗം കൊടുക്കാതെ ഒരു യാഗം നടത്തും എന്ന് ശിവൻ ദക്ഷൻ തീരുമാനിച്ചു ദേവന്മാരെയൊക്കെ വിളിച്ചു എല്ലാവർക്കും ഇൻവിറ്റേഷൻ പോയി ദേവന്മാരൊക്കെ ആകാശത്തിൽ പോകുന്നു സതീദേവി ദേവന്മാർ പോകുന്നതൊക്കെ കണ്ടു തനിക്കും പോകണമെന്ന് ആഗ്രഹം ദേവന്മാരോട് ചോദിച്ചു എങ്ങോടാ പോണം ദേവിക്കറിയില്ലേ അച്ഛൻ യാഗം നടത്താണല്ലോ ബൃഹസ്പതി സഭം നിങ്ങളെയൊന്നും വിളിച്ചില്ലേ അവരവരുടെ വീട്ടിലിപ്പോ വിളിക്കണോ ഞങ്ങളല്ലേ ഒക്കെ നടത്തേണ്ട ആളുകൾ ഞങ്ങൾ എത്തിക്കൊള്ളാം അവരൊക്കെ പാവം പുഷ്പക വിമാനത്തിലാണ് പോണതേ ഇവരുടെ ദേവിയുടെ ഹസ്ബൻഡിനിപ്പോ എന്താ ഉള്ളത് ഒരു പഴയ കാള അല്ലെ എന്നാലും പോയി പറയാം ഞങ്ങൾ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു ദേവി ഭഗവാന്റെ അടുത്ത് ചെന്ന് എങ്ങനെ ഇപ്പൊ ചോദിക്കും ഭഗവാനറിയാം ദേവി പോവും ഈ ശരീരം ഉപേക്ഷിക്കും പാർവതിയായിട്ട് വരും എന്നറിയാം എന്നാലും ദക്ഷയാഗത്തിന് പോവാനുള്ള ആഗ്രഹം സതിക്ക് ഒരു ജീവന് ലോകവിഷയങ്ങളൊക്കെ വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ടും പൂർവ്വവാസന ചിലപ്പോൾ വലിക്കും തന്റെ ബന്ധുക്കൾ തന്റെ കുടുംബം ഇങ്ങനെ കുറച്ച് അല്പം അപ്പൊ അതിന് യാചിക്കാനായി വന്നിരിക്കുകയാണ് ഭഗവാനോ ഗൗരവമായി യാതൊന്നും ഉണ്ടാതിരിക്കണോ തനിക്കൊന്നും അറിയാത്ത പോലെ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ എന്താ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം പക്ഷെ അദ്ദേഹം ഒന്നും ചോദിക്കണമില്ല അപ്പൊ എങ്ങനെ കാര്യം അവതരിപ്പിക്കും അവിടെ ചെന്ന് നിന്നു ശിവൻ നോക്കണില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പോഴും നോക്കി ഇല്ലാ അതേ പ്രജാപതേ അത് ഇന്ന് പ്രജാപതിക്കാരേ പ്രജാപതി നരേ പ്രജാപതിക്കാലോ ഇല്ലയോ മുല്ല സബ്ജെക്ട്ക്ക് വരണം അത് തന്നേവി അപ്പി ചജാപതിക്കാർ പ്രജാപതി എന്നോട് അപ്പാന്ന് ചല്ല തന്നെ വേണം അപ്പൊ കോച്ചിട്ട് വിട്ടാലോ പ്രജാസ്ജാതേ ശശുര പ്രജാസ്വശുര സാമ്പ്രോ യമഹോത്സവി പേരിയ യജ്ഞ മഹോത്സവം നടക്കുന്നത് എങ്ക അപ്പാ വന്ന് പണ്ട മാമനും പണ്ടർ വയം ചാഭിസരാമ വാമത്തെ യർിതാമി വിബുധാവി ഹേ വാമദേവാ വയം ചത്ര അഭിസരാമ വയം ചതത്ര അഭിസരാമ നമ്മളും അങ്ങോട്ട് പോവാം എങ്കാത്ത പോകണം എങ്കാത്ത യാഗം നടക്കുന്നത് നാം പോട്ടിരിക്കും ഹേ വാമദേവ എ പോകണം ദേവതകൾ എല്ലാം പോരാളെതാമീ വിബുധാ അമീ വിബുധാജി അത് മാത്രമല്ല എന്നോട് സഹോദരല്ല അവാവിലെ കൂട്ടി നന്ദിപ്പാ പോകട്ട അത് വേനിറ്റി പ്രാപ്ലം വരെ വന്നിടും എൻ സഹോദരല്ലാം വേറെ വന്നിപ്പാങ് തസ്മിൻ ഭഗിന്യോ മമ ഭർത്തൃപി സ്വകൈഹി ധ്രുവം ഗമിഷ്യന് ഇപ്പൊ തന്നെ പാത്തക്കു മുടിയും എല്ലാരും സഹോദരികളെയൊക്കെ കണ്ട് അവരവരുടെ ഭർത്താക്കന്മാരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞാനോ അങ്ങേയോ കൂട്ടിക്കൊണ്ടു പോകണ്ടേ ക്ഷണം വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ പേടിക്കേണ്ട ക്ഷണിക്കണമെന്നില്ല അവരവരുടെ വീട്ടിലേക്ക് ഗുരുവിന്റെ വീട്ടിലേക്ക് താൻ ജനിച്ച വീട്ടിലേക്ക് സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോവാം അനാഹുതാഹി അഭിയന്തി ബന്ധുഷു ഇത്രയും പറഞ്ഞ് വി അനുമതിക്ക് കാത്തുകൊണ്ട് നിൽക്കുന്നു ഈ പോക്ക് അത്ര ശരിയല്ല മംഗളസ്വരൂപിണി എന്ന് ഭഗവാൻ വിളിക്കും ദേവിയെ ദേവിക്ക് എത്ര സുന്ദരമായ നാമങ്ങളുണ്ടറിയോ ലളിത പരമേശ്വരി ലളിത എന്നൊരു പേര് സ്ത്രീകളിൽ ഈ ഭാവങ്ങളൊക്കെ കാണും സ്ത്രീയ സമസ്താഹ തവ ദേവി ഭേദാഹ ദേവി മഹാത്മ്യം പറയുന്നു എല്ലാ സ്ത്രീകളും അമ്മയുടെ ഓരോ രൂപങ്ങൾ അപ്പൊ സ്ത്രീകളിൽ ഈ ഭാവമൊക്കെ കാണും ലളിത എന്നൊരു ഭാവം ലളിത എന്ന് വെച്ചാൽ വളരെ സരളമായ ഭാവം അംബികയ്ക്ക് മാതൃഭാവം ലളിതാംബിക ശാരദ എന്നൊരു ഭാവം ജ്ഞാനപ്രധാനമായിട്ടിരിക്കുമ്പോൾ ജ്ഞാനം പ്രധാനമായിട്ടിരിക്കുമ്പോൾ ശാരദ എന്ന ഭാവം ദുർഗ എന്നൊരു ഭാവം വീര്യം പ്രധാനമായിട്ടിരിക്കുമ്പോൾ ദുർഗ എന്ന ഭാവം അതീവ ക്രോധവും മറ്റുമൊക്കെ ഭാവമാകുമ്പോൾ ചണ്ടിക എന്നൊരു ഭാവം देविये भगवा शोभनेत शोभनमेव शोभने। अना बंधुषु ते यदि अत्त्तदोषद बलीयसा अनात्म्यपेन मनुना हे मंगलस्वरूपिणि काम कोपम द्वेश आत्मा अनात्व धिकार ശരീരത്തിനെ ഞാനിന്ന് ധരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ശരീരത്തിനോട് കാമമോ കോപമോ ദ്വേഷമോ അസൂയയോ ഒക്കെ അതിന്റെ മൂർത്ത രൂപമാണ് കംസൻ രാക്ഷസന്മാരിൽ അസുരന്മാരിൽ കാണുന്ന പോലെ തന്നെ അസുരന്മാർക്കൊക്കെ ദ്വേഷം ഭയമൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രജാപതികളൊന്നും അസുരന്മാരല്ല പ്രജാപതികളൊക്കെ ഋഷി തുല്യന്മാരാണ് ഋഷികളെക്കാളും മേലെയുള്ളവരാണ് പ്രജാപതികൾ എന്നിട്ടും ഇവിടെ ദക്ഷന് ഈ കോപം വരാനോ ദ്വേഷം വരാനോ കാമം വരാനോ വല്ല കാരണമുണ്ടെങ്കിൽ ദക്ഷനിലും ശരീരാഭിമാനമാണ് ദക്ഷൻ അസുരനല്ല ഋഷികളെക്കാളും ദേവന്മാരെക്കാളും ഒക്കെ മേലെയുള്ള ആളാണ് എന്താ പ്രജാപതിയാണ് കർമ്മകാണ്ഡത്തിൽ വളരെ പ്രബലനായിട്ടുള്ള ആളാണ് എന്നിട്ടും ജ്ഞാനത്തിന് തിരസ്കരിക്കുമ്പോ അവിടെയും അനാത്മ്യ മതം എന്നാണ് പറയുന്നത് അനാത്മാവിനെ ആത്മാവെന്ന് കരുതുക ശരീരാദികളെ താനെന്ന് കരുത അപ്പൊ ദക്ഷന് അതിന്റെ മൂർത്തരൂപമായിട്ട് ദക്ഷൻ ഇരിക്കണോ ഇപ്പോ അവിടെ പോയി പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്നെ കൂടാതെ യാഗം ചെയ്യണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ പോയി നിന്നാ എങ്ങനെ ഉണ്ടാവും അവര് ചെയ്തോട്ടെ അവരുടെ തൃപ്തി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ പക്ഷെ ദേവി ഇത് പറഞ്ഞ് കേൾക്കാൻ നിശ്ചയിച്ചിട്ടില്ല പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കണോ യതി വ്രജിഷ്യസി അതിഹായ മധ്വജ ഭദ്രം ഭവത്യാന തത്തോ ഭവിഷ്യതി ഹേ ഭദ്രേ ഭദ്രകാളി ദേവിക്ക് പേര് എന്താ മംഗളമായ കാളിയാണ് ഭദ്രകാളി പക്ഷേ ഇപ്പൊ പോക്ക് ഭദ്രമല്ല അതുകൊണ്ട് ഈ ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാതെ ഭദ്രം ഭവത്യ തത്തോ ഭവിഷ്യതി ഇതിൽ നിന്നും ഭദ്രം വരില്ല ജനങ്ങൾ സ്വജനത്തിൽ നിന്നും അപമാനം ഉണ്ടായാൽ മരണത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞ് ഏതാവതുക്വാരരാമ ശങ്കരാഹ ശിവൻ ശിവനേന ഇവല്ലി ശിവൻ ശിവനേനും ഉക്കാതാരം ചുമ്മാ ഏതാവതുക്വാരരാമശങ്കരാഹ ഏൻ ഇന്ന് ഉടമ്പ വിട പോരാൾ തരും ദേവിക്ക് പോകണുമാണ്ടാമ സന്ദേഹം പരിശങ്കിതാ ഭവാന് നിഷ്ക്രാമതി നിർവിശതി കൊഞ്ച ദൂരം പോന്ന അപ്പുറം ഉള്ള വരാം അപ്പുറം പോറ അപ്പം ഉള്ള വരാം പാർവതി ഇപ്പിതാ പവനെ പാത്തവനെ ന എയവും നസ്തൗ പോ വരുത് അപ്പൊ നിന്നും അതേ മാതൃ ഇപ്പൊ സതീ ശരീരത്തിൽ അടുത്ത ജന്മാ പാർവതി അപ്പി സന്തേഹപ്പെട്ടപ്പെട്ട അപ്പുറം അങ്ങിമാലയത്തിലേക്ക് അനുഭിച്ചു വയ്ക്കുന്ന ഭഗവാൻ ദക്ഷയാഗത്തെ മൈത്രിയർ ചല്രാ പിത്രോരകാത് സ്ത്രൈനവിമൂഢ ദീഗ്രഹാം പ്രേംണ ആത്മനഹായോ സദാം പ്രിയ ഏതൊരു ഭർത്താവാണോ പ്രേമം കൊണ്ട് തന്നെ തന്നെ പകുത്തു കൊടുത്തത് ആ ഭർത്താവിനെ വിട്ട് സതീതാവരിഞ്ഞു പോയി ഇത് ഇത് മൂർഖത മൂടത അല്ലാതെ എന്ത് ദേവി എവിടുന്ന് ഇറങ്ങിപ്പോയി ഭൂതഗണങ്ങൾ കുറച്ചുപേരും പുറകെ ചെന്നു കൊണ്ടാക്കാനായിട്ട് യാഗശാലയിൽ യാഗം നടന്നുകൊണ്ടിരിക്കുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല ദേവി വന്ന് ഇറങ്ങി എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു വരുന്നു പേടിച്ച് ദക്ഷണെ പേടിച്ചിട്ട് ദേവന്മാർക്ക് ആവിർഭാഗം കിട്ടണം ബ്രാഹ്മണർക്ക് ദക്ഷിണം കിട്ടണം ദേവി ആർക്ക് ദേവി അവിടെ വന്ന് ഇറങ്ങി ദക്ഷൻ്റെ അടുത്തേക്ക് ചെന്നു ദക്ഷൻ ഗൗരവമായിട്ട് നിന്നു ദക്ഷനോട് പറഞ്ഞു ആ അച്ഛന ആരോടാ ദേഷ്യപ്പെടുന്നത് നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോ അവര് നമ്മളെ നമ്മളുടെ ദേഷ്യത്തിനെ മാനിച്ചാലല്ലേ ദേഷ്യപ്പെടുന്നതിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര ദേഷ്യം തൂണിനോട് ആരെങ്കിലും ദേഷ്യപ്പെടുമോ തൂണിനെ ആരെങ്കിലും ചീത്ത പറയൂ നമ്മൾ ചീത്ത പറയുമ്പോൾ നമ്മൾ അവരെ നമ്മൾ ചീത്ത പറയുന്നത് കൊണ്ട് അവർക്ക് ദേഷ്യമോ സങ്കടമോ എന്തെങ്കിലും ഉണ്ടാവണം യാതൊരു വിധത്തിലും ബാധിക്കപ്പെടാത്ത ഒരാളെ ആര് ചീത്ത പറയും ലോകേസ്തി അതിശയപ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മന ദേഹം ധരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ എല്ലാവർക്കും ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോന്ന് പറയും എനിക്ക് എന്റെ അമ്മയാണോ ഇഷ്ടം അച്ഛനെയാണോ ഇഷ്ടം ഭർത്താവിനെയാണോ ഇഷ്ടം ഭാര്യയാണോ ഇഷ്ടം എനിക്കെന്റെ പൊസിഷനാണ് ഇഷ്ടം എന്റെ മതമാണ് എനിക്കിഷ്ടം എന്റെ ജാതിയാണ് ഇഷ്ടം ഒക്കെ പറയും പക്ഷേ അവസാനം ആരാഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും അവനവനെയാണ് ഏറ്റവും ഇഷ്ടം എല്ലാ അവനവന്റെ പ്രതിബിംബം അവിടെ കാണുമ്പോൾ അതിൽ ഇഷ്ടം വരും അത്രയേ ഉള്ളൂ ആത്മാവാ അരേ ഏത് വസ്തുവിനോടും പ്രിയം ഉണ്ടാവണത് ആത്മാവിന് വേണ്ടിയിട്ടാണ് ആ വസ്തുവിൽ ആത്മാവിനെ കണ്ടാലേ പ്രിയം ഉണ്ടാവുള്ളൂ ആ ആത്മാവാണ് ശിവൻ അപ്പൊ ദക്ഷനോട് ചോദിക്കുക അങ്ങയ്ക്ക് എങ്ങനെ ശിവനോട് ദ്വേഷം വയ്ക്കാൻ നോക്കും ശിവൻ അങ്ങയുടെ ആത്മസ്വരൂപമാണ് അന്തര്യാമിയാണ് അറിവില്ലാത്തതുകൊണ്ട് അവിടുന്ന് ശിവദ്വേഷം ചെയ്യുന്നു അതും വാസ്തവം തന്നെ എന്താണെന്ന് വെച്ചാൽ അങ് കുണാത്മവാദിയാണ് ശവത്തിനെ ആത്മാവെന്ന് കരുതിയവന് ശിവത്തിനോട് ദ്വേഷം വന്നാൽ ആശ്ചര്യമൊന്നുമില്ല കുണവാത്മവാദിയാണ് കുണവം എന്ന് വെച്ചാൽ ശവം ശവത്തിനെ താനെന്ന് കരുതിയവന് ശിവത്തിനോട് ദ്വേഷം വരുന്നതിൽ എന്താശ്ചര്യം രണ്ടേ രണ്ട് അക്ഷരം വേദത്തിന്റെ അന്തര്യാമിയാണ് എന്ന് ദേവി പറയാം യദ്വക്ഷരം നാമ ഗിരേരിതം സകൃപ്രസംഗാത് അഘം ആശുഹി തത്പവിത്ര കീർത്തിലങ്കാസനം ഭവാനഹോ ദ്ഷ്ടി ശിവം ശിവേതര ശിവം വച്ച മംഗളം ശിവദ്വേഷം ചെയ്യുന്ന അവിടെ അങ്ങേക്ക് മംഗളം വരുമോ വേദത്തിൽ യജുർവേദം വളരെ പ്രധാനം യജുർവേദത്തിൽ രുദ്രം വളരെ പ്രധാനം അതും രുദ്രത്തിലെ നമസ്വമായച എന്ന അനുവാഗം വളരെ പ്രധാനം അതിലും തത്ര പഞ്ചാക്ഷരീ പുണ്യ തത്രാപി ശിവ അക്ഷരദ്വയം അവിടെയും പഞ്ചാക്ഷരം അതിൽ രണ്ടേ രണ്ടരം ശിവ സഹൃത്പ്രസംഗാതും ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഒരേ ഒരു പ്രാവശ്യം ശിവ എന്ന് പറഞ്ഞാൽ അഘമാശുഹന്തി സകല പാപങ്ങളും അസ്തമിച്ചു പോകുന്നു സകല ദുഃഖങ്ങളും നിവൃത്തമാവുന്നു അങ്ങനെയുള്ള ആ ശിവനെ ദ്വേഷിക്കുന്നുവല്ലോ പവിത്രകീർത്തി തം അലംഘ്യശാസനം ഭവാൻ അഹോദ്വേഷ്ഠി ശിവം ശിവേധര അങ്ങ് ശിവേധരനാണ് ശിവദ്വേഷമുള്ള ആളെയാണ് ശിവേധരൻ എന്ന് പറയുന്നത് മംഗളമില്ലാത്ത ആളെന്ന അർത്ഥം മംഗളം വിട്ടുപോയ ആൾ ई शरम इन वो याग्रह पर सती वि भगवा दाक्षायणी विय्या गोत्रम भगवांध्वजो दाक्षायणी सुर्मनाशु त्यम व्युत्सृक्ष्य കുണപം ത്വദംഗജം അങ്ങയുടെ അംഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ കുണപം ഈ ശവത്തിനെ ഞാനിതാ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സതി ശരീരത്യാഗം ചെയ്തു ഈ വാർത്തെ അറിഞ്ഞ് ഭഗവാൻ ഉഗ്രതാണ്ഡവം ചെയ്തു ക്രുദ്ധസ്സദോഷ്ടോഷ്ടപുടസ്സധൂർജടി ജടാം തടി ധന്യസടോഗ്രോചിഷം ഉത്കൃത്യരുദ്ര സഹസോത്ഥിതോ ഹസൻ ഗംഭീരനാഥോ വിസസർജതാം ഭൂമി തലയിൽ നിന്നൊരുപിടി രോമം പറിച്ചെടുത്ത് നിലത്ത് അടിച്ചു അതിൽ നിന്നും ഉഗ്ര ഭൈരവാകൃതിയായിട്ട് ഉഗ്ര മുമ്പില് ഭൈരവാകൃതിയായിട്ട് ഒരു സത്വം മുമ്പിൽ ആവിർഭവിച്ചു ഭഗവാന്റെ തന്നെ അംശമായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടുവന്നു ചെന്ന് യാഗശാലയൊക്കെ നശിപ്പിച്ചു ദക്ഷിന്റെ തലവെട്ടി അഗ്നിയിലിട്ടു ഇതിനു കൂട്ടുനിന്ന ഋഷികൾക്കും ഒക്കെ കുറെ കിട്ടി ദേവന്മാർക്കും ഒക്കെ കുറെ കിട്ടി അവസാനം യാഗം ഇങ്ങനെ ശിവദ്വേഷത്തോട് തുടങ്ങിയ യാഗം അഹങ്കാരത്തോടെ യജ്ഞത്തിൽ അഹങ്കാരം വന്നാൽ വിധിഹീർണസ്യ യജ്ഞസ് സദ്യ കർത്താവിനശ്യതി ആ കർത്താവിന് തന്നെ നാശം വന്നു പോകുന്നു ദേവതകളൊക്കെ പ്രാർത്ഥിക്കാനായി ബ്രഹ്മാവിനെടുത്ത് ചെന്നു എങ്ങനെയെങ്കിലും ദക്ഷന് വേണ്ട തലവെച്ചു കൊടുക്കണം യാഗം പൂർത്തി ചെയ്യണം എല്ലാവരും കൈലാസത്തിലേക്ക് തന്നെ പോവാണ് പേടിച്ചു പേടിച്ചു പോകണു എങ്ങനെ ചെന്ന് പറയും സതിയെ പിഴിഞ്ഞിരിക്കുന്ന ശിവനെ എങ്ങനെ മുമ്പിൽ കാണും അപ്പോഴാണ് ഭഗവാൻ ഭഗവാനെ കാണാനായിട്ട് ചെല്ലാണ് പേടിച്ചു പോവാണ് കോപത്തിലായിരിക്കുമോ താണ്ഡവത്തിലായിരിക്കൂ എന്നൊക്കെ ഭയന്നുകൊണ്ടാണ് പോണത് കൈലാസമോ പരമപ്രശാന്തമായിട്ടിരിക്കുന്നു ഭൂതഗണകളുടെ ചേഷ്ടയും ബഹളമൊന്നുമില്ല അവിടെ വളരെ പ്രശാന്തമായിട്ടിരിക്കുന്നു അവിടെ പതുക്കെ ആ അധ്യായം ധാരാളം വർണ്ണിക്കുന്നു സുഖാചാര്യർ എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ഹൃദയം ഇടുപ്പ് കാണിക്കാനാണ് എങ്ങനെ പോയി കാണുന്നു ശിവനെ ആ കൈലാസത്തിന് ഇത്രയൊക്കെ വർണ്ണിക്കണം എന്താണെന്ന് വെച്ചാൽ ഓരോ അടിയായി പേടിച്ചു പേടിച്ച് നടന്നു പോവാണ് കൈലാസം ശാന്തമായിട്ടിരിക്കണം തസ്ൻ മഹായോഗമയം മോക്ഷുശരണേ സുരാഹം ദദൃശു ശിവം ആസീനം തെക്താമർശമിവാതകം സനന്ദനാദ്യ മഹാസിദ്ധൈ ശാന്തൈ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യ ചർഗുഹ്യകരക്ഷസോയോഗപഥമാരം ചരന്തും വിശ്വസുഹൃദം വാത്സലോകംഗളം ലിംഗം ചാസാഭീഷ്ടസ്മദണ്ഡജടാജി അംഗേന സന്ധ്യവ്രുജ ചന്ദ്രലേഖാ ചിഭ്രതം ഉപവിഷ്ടം ബ്രസ്യസനത്ത നാരദയ പ്രവോന്ത പൃച്ഛതേ ശൃണവൃത്തോരൗ ദക്ഷിണേ സവ്യ പാദപത്മം ചാണുനി ബാഹു പ്രകോഷ്ടേ അക്ഷമാസീന തർക്കുദ്രയാതർ സമാധിമാശ്രുവാശ്രിതിരിശം യോഗകക്ഷാ സലോകപാലാ മുലയോമനൂനാം ആദ്യം മനും പ്രാഞ്ജലയ പ്രണേമുഹ അദ്ഭുതമായ വർണ്ണനയാണ് മഹായോഗപീഠത്തിൽ ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിട്ട് തന്നെ ഇരിക്കും വലതുകാൽ ഇടതുകാൽ മേൽ വെച്ച് തർക്കമുദ്രയോടുകൂടെ ചിന്മുദ്രയോടുകൂടെ തപസ്വികൾക്ക് വേണ്ട വേഷമത്തോടുകൂടെ സന്ധ്യാകാലത്തിലുള്ള സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യാബ്രരുചാം അതോടെ ചന്ദ്രലേഖാം ചിഭ്രതം ചന്ദ്രലേഖ ശിരസിലും ചന്ദ്രലേഖയോടുകൂടെ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ മുതലായിട്ടുള്ള മഹാസിദ്ധന്മാരു ചുറ്റും കൂടിയിരിക്കുന്നു കുബേരൻ നിന്ന് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു നാരദമഹർഷി മുമ്പിൽ ഇരിക്കുന്നു അതീഹി ഭഗവോ ബ്രഹ്മേതി ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഭഗവാൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കാണുന്ന വിശ്വമുണ്ടല്ലോ അത് കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരം പോലെയാണ് സ്വപ്നവേളയിൽ ഉള്ളിൽ കാണുന്നത് പുറമേക്കെന്ന പോലെ കാണപ്പെടും പക്ഷെ വാസ്തവത്തിൽ തന്നിലാണ് കാണുന്നത് അതേപോലെ ഈ പ്രപഞ്ചം കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരം പോലെയാണ് ഒരു ബീജത്തിൽ നിന്നും ഒരു അങ്കുരം ഉണ്ടായി ഒരു വലിയ വടവൃക്ഷം ഉണ്ടാവുന്ന പോലെ ഈ ചിത്രത്തിനകത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ബീജരൂപത്തിൽ കിടക്കുന്നു പിന്നീട് ദേശകാലങ്ങളോടുകൂടെ വിചിത്രമായിട്ട് പൊന്തി ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയസ്ഥാനമായ സത്യം എപ്പോഴും ഉള്ളിലും ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ കിടക്കുന്നു ഒരു കുടത്തിന്റെ ഉള്ളിൽ ഒരു വിളക്ക് വെച്ച് അനേക ദ്വാരങ്ങൾ ആ ദ്വാരത്തിലൂടെ ഈ വിളക്കിന്റെ പ്രകാശം പുറത്തേക്ക് വരുന്ന പോലെ സർവേന്ദ്രിയങ്ങളിലൂടെയും അന്തര്യാമിയാണ് പുറമേക്ക് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പ്രകാശിക്കുന്നത് ഈ സത്യം അറിയാത്ത അറിവില്ലാത്തവരെ ശരീരമാണ് പ്രാണനാണ് മനസ്സാണ് ബുദ്ധിയാണ് ശൂന്യമാണെന്നൊക്കെ ആത്മാവിനെ തെറ്റിദ്ധരിക്കുന്നു രാഹു സൂര്യനെയും ചന്ദ്രനെയും ബാധിക്കുന്ന പോലെ സുഷുപ്തി അവസ്ഥയിൽ ഈ ജീവൻ അജ്ഞാന ആവരണം കൊണ്ട് മൂടപ്പെട്ട് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു വീണ്ടും കാര്യകാരണത്തോടുകൂടെ പ്രപഞ്ചം പൊന്തി അച്ഛൻ മകൻ ഗുരു ശിഷ്യൻ യജമാനൻ ദാസൻ ഭൃത്യൻ സ്വാമി എന്നുള്ള ഭേദത്തോടുകൂടെ ഈ പ്രപഞ്ചം അനേക ത്രിപുടികളോടുകൂടെ കാണപ്പെടുന്നു വിചാരം ചെയ്യുന്ന ആളുകൾക്ക് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന അവസ്ഥകളൊക്കെ ശരീരത്തിന് മാറി വരുമ്പോഴും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകളൊക്കെ മനസ്സിൽ മാറി വരുമ്പോഴും ഇതിലൊന്നും മാറാതെ ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഞാൻ ഉണ്ട് ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ മാറാതെ നിൽക്കുന്ന ഒരു വസ്തു സദാ പ്രകാശിക്കുന്നു ആ വസ്തുവിനെ ഉള്ളിൽ കണ്ടെത്തിയവർക്ക് അതിൽ നിന്നും പൊന്തു ഈ അപരാപ്രകൃതി മുഴുവനും ഈശ്വരസ്വരൂപമായിട്ട് കാണാൻ പറ്റും ഭൂമിയായിട്ടും ജലമായിട്ടും അഗ്നിയായിട്ടും വായുവായിട്ടും ആകാശമായിട്ടും സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും ഉള്ളിൽ ചേതനയായിട്ട് നിൽക്കുന്നത് ഒരേ വസ്തുവാണെന്ന് കാണാനൊക്കെ ഈ തത്വം നല്ലവണ്ണം ചിന്തിച്ച് അർത്ഥത്തിനെ മനനം ചെയ്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആസ്വദിക്കുന്നവർക്ക് ക്രമേണ തത്വം കരാതല കരാമലകം പോലെ പ്രകാശിക്കും അഷ്ടസിദ്ധികളും അവരുടെ മുമ്പിൽ ആവിർഭവിക്കും ഇങ്ങനെ ഭഗവാൻ ദക്ഷിണാമൂർത്തി സ്തോത്രം അത് ഈ പറഞ്ഞത് മുഴുവൻ ഒമ്പത് ശ്ലോകത്തിന്റെ ഏകദേശാർത്ഥം ദക്ഷിണാമൂർത്തിയായി ഭഗവാൻ പറഞ്ഞിട്ടോ പറയാതെയോ നാരദാദികൾക്കും സനകസനന്ദനാദികൾക്കും ഈ തത്വത്തിനെ ഉപദേശിച്ചുകൊണ്ട് ബ്രഹ്മനിർവ്വാണ സമാധി സുഖസ്വരൂപനായി നിൽക്കുന്നു ഇരിക്കുന്നു അവിടെ സതി ഉണ്ടായതോ സതി ശരീരത്യാഗം ചെയ്തതിന്റെ യാതൊരു ലക്ഷണവും അവിടെ ഇല്ല ബ്രഹ്മനിഷ്ഠനായി ദക്ഷിണാമൂർത്തിയായി ഇരിക്കുന്ന ഭഗവാനെ കണ്ട് വന്ദിച്ചു ദേവതകളൊക്കെ പ്രാർത്ഥിച്ചു അവർക്ക് ദേവന്മാർ പേടിച്ചു വന്ന ദേവന്മാരുടെ മനസ്സൊക്കെ അവിടെ വന്നപ്പോ ശാന്തമായി അവരുടെ മനസ്സൊക്കെ ശാന്തമായി പ്രശാന്തമായി ആ ദേവന്മാർക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു പറഞ്ഞു ഞാൻ ആരോടും ദ്വേഷം വെച്ചിട്ടില്ല ദക്ഷൻ അവന്റെ കർമ്മഫലം അനുഭവിച്ചു പ്രജാപതിക്ക് വീണ്ടും ആടിന്റെ തല വെച്ചു യാഗം പൂർത്തി ചെയ്തു ഭഗവാൻ മഹാവിഷ്ണു അവിടെ ആവിർഭവിച്ചു ഭഗവാനെ എല്ലാ ദേവതകളും സ്തുതിച്ചു വിഷ്ണു ഭഗവാൻ തന്നെ പറഞ്ഞു അഹം ബ്രഹ്മാ സർവശ് ജഗത കാരണം പരം ഞാനും ബ്രഹ്മാവും ശിവനും ഈ ജഗത്തിന് കാരണമാണ് അറിവില്ലാത്ത ആളുകള് അദ്വിതീയമായ ബ്രഹ്മത്തിൽ ശിവൻ വിഷ്ണു മുതലായിട്ടുള്ള ഭേദങ്ങളെയൊക്കെ കാണുന്നു തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗചൂതാനി ഭേദന അജ്ഞോനുപശ്യത്തി അജ്ഞാനികൾ ഭേദം ഈ ഭേദം കാണുന്നത് അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ കാണുന്ന ആളുകൾക്ക് ശാന്തി ഉണ്ടാവില്ല ആർ കാണൂ സകലദേവതകളോടും ത്രയാണം ഏകഭാവാനാം യോനപശ്യതി വൈഭിതാം ഈ മൂന്നിനെയും ആരൊന്നായി കാണുന്നു പോരാ സർവഭൂതാത്മനാം ബ്രഹ്മൻ എല്ലാ ഭൂതങ്ങളോടും എല്ലാവരുടെയും അന്തരിയാമി ഒരു വസ്തുവാണെന്ന് കാണുന്ന ആൾക്ക് ശാന്തി വധികച്ചതി അങ്ങനെയുള്ള ആൾക്ക് ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ വന്നിവിടെ ഉപദേശിച്ചു അങ്ങനെ ഇതം പവിത്രം പരമേശചേഷ്ടിതം യശസ്ം ആയുഷ്യം അഘോഘമർഷണം യോ നിത്യതാകർണ്ണ്യ നരോനു കീർത്തയേത് ധുനോത്തി അഘം കൗരവക്തിഭാവന ഈ പരമേശ്വരലീലയെ പറഞ്ഞു അടുത്തത് ധ്രുവചരിത്രമാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം